ശശ്രുപൂർവ്ത ചിരി നിരോധിയിൽ ചേരുന്ന അന്യത്വ ഈ ഭാഗത്താണ് വിശദീകരിക്കുന്നത് കാരണം വിജ്ഞാനം അത് സ്വസ്വരൂപമാണ് അതുകൊണ്ട് വിജ്ഞാനാന്തരത്തെ അപേക്ഷിക്കുന്നില്ല പറഞ്ഞാൽ വിജ്ഞാനം വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാൽ വിരോധം വരും പ്രകാശം പ്രകാശിക്കുന്നതിന് പ്രകാശത്തെ അപേക്ഷിക്കുന്ന എന്ന് പറയുന്നതിനുള്ള വിരോധം ഇതിനും വരും എന്ന് പറഞ്ഞപ്പോൾ അതിനനുഷേക്കുന്നു ന അന്യത്വ ആ ഭാഗമാണ് വിശദീകരിച്ചത് ഇവിടെ പറയുന്നത് അവിജ്ഞാന സ്വരൂപത്തെക്കുറിച്ചല്ല അന്യനായ ആത്മാവാണ് ആത്മാവിനെ കുറിച്ചാണ് വിജ്ഞാനസ്വരൂപത്തിന് വിജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല പക്ഷെ അന്യനായിരിക്കുന്ന ഒരു ജീവനുണ്ട് ആ ജീവന് വിജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ട് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അന്തർഗതേന നിത്യവിജ്ഞാന സ്വരൂപേണ ആകാശം അപ്രചരിതാത്മന അന്തർഗർഭൂതേന ബാഹ്യവും ബുദ്ധിയാത്മാ ഇവിടെ രണ്ടാത്മാക്കളെ കുറിച്ച് പറയും ഒന്ന് അന്തരാത്മാ അന്തർഗതനായിരിക്കുന്ന ആത്മാവ് മറ്റൊന്ന് ബുദ്ധിയാത്മാരക്ഷണ അത് ബാഹ്യമാണ് അന്തര് അന്തസ്ഥിതനായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ നിന്ന് വ്യത്യസ്തനുമാണ് ബുദ്ധ്യാത്മ ജീവാത്മാ ഏതൊരാത്മാവാണോ ശ്രവിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്നതും ധ്യാനിക്കുന്നതും ഏതൊരാത്മാവാണോ ജാഗ്രത്തിലേക്കും സ്വപ്നത്തിലേക്കും അതാണ് ബുദ്ധിയാത്മ ജീവാത്മാ ക്ഷണം അത് വ്യത്യസ്ത സ്വഭാവത്തോടുകൂടി അതെങ്ങനെയാണ് അർച്ചിരിവ അഗ്നി അഗ്നിയും അതിന്റെ ജ്വാലകളും പോലെ അഗ്നിയുടെ സ്ഥാനത്താണ് അന്തരാത്മാവ് തുരിയൻ അതിന്റെ ജ്വാലകളുടെ സ്ഥാനത്താണോ ഈ ജീവന്മാര് അർച്ചുപിരിവ അഗ്നി അഗ്നി എങ്ങനെയാണോ അർച്ചികളോടുന്നത് പ്രത്യേകർഭാവ തിരോഭാവധർമ്മക്കെയും ഈ ജീവനെ സംബന്ധിച്ച് ആവിർഭാവ തിരോഭാവധർമ്മങ്ങളോടുകൂടിയ പ്രത്യയങ്ങളുണ്ട് ചിത്തപരിണാമങ്ങളുണ്ട് അല്ലെങ്കിൽ ബുദ്ധിവൃത്തികളുണ്ട് ഈ ബുദ്ധിവൃത്തികളോടുകൂടിയിരിക്കുന്ന ഒരു ജീവൻ ആ ജീവൻ പറഞ്ഞു വരുന്ന ഇതാണ് ആ ജീവന് ജ്ഞാനവും അജ്ഞാനവും എല്ലാം വരാം നിരുവാധിക സൈതന്യത്തിന് അവിടെ ജീവനെ സംബന്ധിച്ച് വിജ്ഞാനാപേക്ഷയുണ്ട് ജീവൻ തൻ്റെ ചിത്തപടുത്തികളിലൂടെ കർണങ്ങളുടെ സഹായത്തോടു കൂടി സർവത്തെയും അറിയുന്നു റിവില്ലാതെയിരിക്കും ജ്ഞാനാജ്ഞാനങ്ങൾ അവിടെ നിലനിൽക്കുന്നു കേവലമായ ബ്രഹ്മഭാവത്തിലല്ല ജീവഭാവത്തിലാണ് ഈ ജ്ഞാനാജ്ഞാനങ്ങളെല്ലാം നിലനിൽക്കുന്നത് ബ്രഹ്മഭാവത്തിൽ അതിൻ്റെ ആവശ്യമുണ്ട് വിജ്ഞാനാഭാസ രൂപ ഒന്ന് വിജ്ഞാനം മറ്റൊന്ന് വിജ്ഞാനാഭാസ് പ്രതിബിംബം വിജ്ഞാനപ്രതിബിംബമാണ് ഒന്ന് ശുദ്ധമായ വിജ്ഞാനം ശുദ്ധമായ വിജ്ഞാനത്തിൽ ജ്ഞാനം കൊണ്ട് ഒന്നും നേടാനില്ല കത്തമസി അഹം ബ്രഹ്മാസമതി ഇതൊന്നും അവിടെ ആവശ്യമില്ല പക്ഷേ ഈ വിജ്ഞാനാഭ്യാസത്തോടുകൂടിയിരിക്കുന്നു ചിത്തപ്രത്യങ്ങളോടു കൂടിയിരിക്കുന്ന ഈ ജീവന് അതാവശ്യമുണ്ട് എന്തുകൊണ്ട് അനിത്യഹി അനിത്യവിജ്ഞാന ആത്മ അനിത്യവിജ്ഞാനത്തോടു കൂടിയ ആത്മ സദാ ഉണ്ടായി നശിക്കുന്നു അനുഭവമാണല്ലോ സുഷത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നു ഇവിടെ നിരന്തരമായ വിജ്ഞാനങ്ങളുണ്ടായി അത് ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് സ്വപ്നത്തിലേക്ക് പോയി അവിടെയും നിരന്തരം വിജ്ഞാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് ഈ ആത്മാ അനിത്യവിജ്ഞാനത്തോടുകൂടിയതാണ് ഇവിടുത്തെ ജ്ഞാനം ഈ വിജ്ഞാനം ആഭാസ രൂപത്തിലുള്ളതാണ് പ്രതിബിംബരൂപത്തിലുള്ളതാണ് ഈ ആത്മ സുഖി ദുഃഖിത്യഭ്യുപകർ ഈ ആത്മാവും സുഖിയും ദുഃഖിയുമായി ആണ് ആത്മാവിന് സുഖമുണ്ട് ദുഃഖമുണ്ട് എന്നുള്ളത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു ജീവാത്മാവിന് അതങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ട് എല്ലാവർക്കും കേ അത് ലോക അനുഭവം പരമാർത്ഥം ബോധിപ്പിക്കുന്നു നിങ്ങളുടെ അനുഭവത്തെ നിഷേധിച്ചിട്ടുണ്ട് അത് നമ്മൾക്ക് അങ്ങനെ അനുഭവം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അനുഭവം പരമാർത്ഥത്തിലില്ല എന്നേ പറയുന്നു അല്ലെങ്കിൽ ആ അനുഭവമല്ല പരമാർത്ഥം എന്നേ പറയുന്നു അതുകൊണ്ട് പറഞ്ഞ ലൗകികൈഹി ഇതെല്ലാം ലൗകികരുടെ അനുഭവമാണ് ലൗകികനെന്ന് പറയുന്ന ജീവന്മാർ വിസവും ദുഃഖവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എവിടെയെല്ലാം ജീവഭാവമുണ്ടോ അതെല്ലാം അതുതന്നെയാണ് ലൗകികം ഇത് അധ അന്യവും നിത്യവിജ്ഞാന സ്വരൂപാതാത്മനഹ നിത്യവിജ്ഞാനസ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ നിന്നും അന്യമാണ് ഈ ഭാവം ഒരേ സ്ഥാനത്ത് തന്നെ രണ്ട് ഭാവങ്ങളെ കാണിക്കുന്നു ഒന്ന് നിത്യമായിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന തിരിയാണ് പിന്നീട് അവിടെ വരുന്ന നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു പ്രാജ്ഞ വിശ്വ തൈജസ്വഭാവം ഇതും വരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഉപദേശവും ബന്ധവും മോക്ഷവും എല്ലാം വരുന്നത് വിശ്വതൈസ പ്രാജ്ഞന്മാർക്കാണ് അതെല്ലാം സംഭവിച്ചത് സ്ത്രീ സർവാധാരമായി ഏത് രൂപത്തിൽ സദാസ്ഥിതിയെ അതുകൂടെ പറയുന്നതിന് രണ്ടിനെയും രണ്ടിന്റെയും ഏകത്വം ആ ഏകത്വം മനസ്സിലാക്കണം അതേസമയം രണ്ടിൻ്റെയും വ്യത്യസ്തമായ നിലനിൽത്തും മനസ്സിലാക്കണം ആർക്കാണ് ബന്ധം ആർക്കാണ് മോക്ഷം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഭേദത്തെയും മനസ്സിലാകും മായി ഒന്ന് അഭേദം തന്നെ പക്ഷെ ഈ ഭേദത്തെ ആശ്രയിച്ചിട്ടാണ് തൈജസാദി ഭേദങ്ങളെ ആശ്രയിച്ചിട്ടാണ് ബന്ധമോക്ഷങ്ങൾ നിലനിൽക്കുന്നത് തത്ര ഹി വിജ്ഞാനാപേക്ഷ വിപരീത ജ്ഞാനത്വം ചൗപദ്ധ്യത എന്ന മുന്നറിജ്ഞാനെ വിരോധിക്ക് അന്യത്വം അതിനെക്കുറിച്ചുകൂടെ വിശദീകരിക്കുകയാണ് തത്രഹീ ജീവഭാവത്തിൽ ആരാ ശ്രവണം ചെയ്യുന്നത് ആരാ മനനം ചെയ്യുന്നത് ആ ജീവഭാവത്തിൽ വിജ്ഞാനാപേക്ഷ അവിടെ എന്തിനു വേണ്ടി ശ്രവണം ചെയ്യുന്നു വേണ്ടി ധ്യാനം വേണ്ടി വിജ്ഞാനത്തിനു വേണ്ടി സ്വരൂപ വിജ്ഞാനത്തിന് വേണ്ടി അവിടെ വിജ്ഞാനാപേക്ഷയുണ്ട് അല്ലാതെ ആ പരമാർത്ഥ സത്യത്തിൽ അവിടെ ജ്ഞാനത്തിൻ്റെ അപേക്ഷയില്ല അവിടെ വിജ്ഞാനപേക്ഷയുണ്ട് വിപരീതജ്ഞാനത്വം അവിടെ വിപരീതജ്ഞാനത്വം ഉണ്ട് വിപരീതജ്ഞാനത്വം അനുഭവത്തിലുള്ളതാണ് എന്താണ് ഒന്ന് അജ്ഞാൻ അവിടെ പറയുന്നു ഞാൻ എൻ്റെ ഞാൻ എന്നെ അറിയുന്നു ആരായി അറിയുന്നു ഞാൻ സുഖിയായും ദുഃഖിയായും ഈ ശരീരമുള്ളവനായും പല അവസ്ഥകൾ ബാല്യാദി അവസ്ഥകളുള്ളവനായുമൊക്കെ അറിയുന്നു നിന്റെ വാസസ്വരൂപവും അതല്ല തത്വമസി എന്ന് ബോധിപ്പിച്ചാൽ പറയും അത് ഞാൻ അറിയുന്നില്ല അറിയുന്നില്ല എന്ന് പറയുന്നതും വിപരീതജ്ഞാനമാണ് മറ്റു പലതായി അറിയുന്നതും വിപരീതജ്ഞാനമാണ് ഇതന്നെ ഈ ജീവഭാവത്തിലാണ് എവിടെയാണോ ആ വിപരീതജ്ഞാനം നിലനിൽക്കുന്നത് അവിടെ മറ്റൊരു ജ്ഞാനം വന്നാൽ ഈ വിപരീതജ്ഞാനത്തെ നശിപ്പിക്കാൻ പറ്റും ശുദ്ധരൂപത്തിൽ തിരിയനിൽ അവിടെ ഈ വിപരീതജ്ഞാനമില്ല അതുകൊണ്ട് തന്നെ വിപരീതജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് അവിടെ മറ്റൊരു ജ്ഞാനത്തിന്റെ ആവശ്യം സ്വയം പ്രകാശിക്കുന്നു എവിടെയാണോ ഉരളുള്ളത് അവിടെ എന്ത് ചെയ്യുന്നു വെളിച്ചം കൊണ്ടുവന്നായിരുന്നെ നശിപ്പിക്കുന്നു അപ്പോൾ ഈ ജീവഭാവത്തിൽ വിപരീതജ്ഞാനം വരുന്നു അവിടെ വിജ്ഞാനാപേക്ഷ അവിടെ വിജ്ഞാനാപേക്ഷ അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം സാർത്ഥകമാണ് ആത്യന്തികമായി അവിടെ വിജ്ഞാനാപേക്ഷയുണ്ട് ആത്യന്തികമായി ആ വിജ്ഞാനം കൊണ്ട് വിപരീതജ്ഞാനം നശിക്കണം അതുകൊണ്ട് ഞാൻ ജ്ഞാനത്തെ ആർജിക്കുന്നു ജ്ഞാനിയാണ് എന്ന് പറയുന്നത് ശരിയല്ല ഇന്ന് പറഞ്ഞല്ലോ എന്ന് പറയുന്നത് ശരിയല്ല അതെവിടെയാണ് ശരിയാകാതിരിക്കുന്നത് ആ പരമാർത്ഥസ്വരൂപത്തിൽ അവിടെ അജ്ഞാനിയില്ല ജ്ഞാനിയില്ല രണ്ടവിടെയാണെങ്കിലോ ഇവിടെ ഈ ജീവഭാവത്തിൽ അജ്ഞാനിയും ഉണ്ട് ജ്ഞാനിയും ഉണ്ട് ആ ജീവഭാവത്തിൽ വന്ന ജ്ഞാനിയാണ് ജ്ഞാനത്തെ ഉപദേശിക്കുന്നത് ആ ജീവഭാവത്തിൽ വന്ന ഗുരുവായി സമീപിക്കുന്നത് അല്ലെങ്കിൽ ശാസ്ത്രം ഗുരു ഉപദേശം ശിഷ്യൻ ഈ ഭേദം ഇല്ലാതെ ഇതിനൊന്നും പ്രസക്തി ഇല്ലാതെ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് ബന്ധവും മോക്ഷവും നിലനിൽക്കുന്നു ശാസ്ത്രവും ഗുരുവും നിലനിൽക്കുന്നു ഉപദേശം നിലനിൽക്കുന്നു അപ്പം അവിടെ വിജ്ഞാനാപേക്ഷ വിജ്ഞാനത്തെ അപേക്ഷിക്കുന്ന ഒരു നിലയുണ്ട് ആ ജീവന്റെ നില അവിടെ വിപരീതജ്ഞാനത്തുകൊണ്ട് അവിടെ ആ വിപരീതജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം ഉണ്ടാകുന്നു ആ ജ്ഞാന വിപരീതജ്ഞാനത്തെ നശിപ്പിക്കുന്നു വിപരീതജ്ഞാനം ജ്ഞാനം നശിപ്പിച്ചു കഴിഞ്ഞാൽ ചോദിക്കും പിന്നെ കേവല ജ്ഞാനസ്വരൂപമായില്ലേ പിന്നീടവിടെ ഏത് ജ്ഞാനം ഏത് ജ്ഞാനി ഏത് ഗുരു കേവല സ്വരൂപത്തിൽ എങ്ങനെയെന്ന് ചോദിക്കും വിപരീതജ്ഞാനം ഉണ്ടായി ഞാനും അതിനെ നശിപ്പിച്ചു ഇതെല്ലാം സംഭവിക്കുമ്പോഴും വിപരീതജ്ഞാനം നിലനിൽക്കുമ്പോഴും ഞാനും അതിനെ നശിപ്പിച്ചാലും ചിലയിടത്ത് നശിപ്പിക്കുന്നു ചിലടത്ത് നശിപ്പിക്കുന്നുണ്ട് രണ്ടായാലും ആ ക്യൂബിലെ രൂപത്തിന് മാറ്റൊന്നുമില്ല അതെപ്പോഴും ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു അതിനെ സംബന്ധിച്ചാണ് സംശയം സംശയിക്കേണ്ട എന്തുകൊണ്ട് അത് സദാ ഏകരൂപത്തിൽ തന്നെയിരിക്കുന്നു ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്നുള്ള ഭേദം അജ്ഞാനിയായാലും അതിന് ജ്ഞാനിയായാലും മാറ്റങ്ങൾ അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല ചോദ്യങ്ങളെല്ലാം എവിടെ നിക്കത്തുള്ളൂ എവിടെയാണോ വിജ്ഞാനാപേക്ഷയുള്ളത് അപ്പോൾ അവിടത്തെ കുറിച്ച് മാത്രം ചോദിച്ചാൽ മതി ആ വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നിടത്ത് വിജ്ഞാനം കൊണ്ട് ആ ജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജ്ഞാനി വരും എങ്ങനെ ഉപദേശം വരും അതിനാണ് പറയുന്നത് എന്താണ് വിജ്ഞാനം കൊണ്ട് ആ ജ്ഞാനം നശിച്ചു കഴിഞ്ഞാലും അത് നിലനിൽക്കുന്നു ഉപദേശിക്കാൻ വേണ്ട ജ്ഞാനി വീണ്ടും അവശേഷിക്കുന്നു ജ്ഞാനത്തോട് കൂടിയനവിടെ അവശേഷിക്കുന്നു അതാണ് ഗുരു എന്ന് പറയും അങ്ങനെ എന്നും പറ്റും വേറൊരു പറയുന്നു അതങ്ങനെ നിലനിൽക്കുന്നു പറയുന്നു പരമാർത്ഥം ഈ ജീവഭാവശൂന്യമാണെങ്കിലും ആ പരമാർത്ഥത്തിൽ ഈ ജീവഭാവം നിലനിൽക്കുന്നല്ലേ നിലനിൽക്കുന്നുണ്ടല്ലോ പരമാർത്ഥത്തിലതില്ല എന്നാലോ നിലനിൽക്കുന്നു ആരോപിതമായി നിലനിൽക്കുന്നു പരമാർത്ഥം ഇതിനെ നിലനിർത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അജ്ഞന്മാരുടെ അത് സത്യമായി നിലനിൽക്കുന്നു എന്നവരുടെ അനുഭവം ളില്ലത് അസത്യമായി നിലനിൽക്കുന്നവരുടെ അനുഭവം ഇത്രയുള്ള വ്യത്യാസം അവിടെ ആ ജീവ അനുഭവത്തിൽ വരുന്ന വ്യത്യാസമേ എങ്ങനെയാണോ പരമാർത്ഥം ഇന്നതായിരിക്കേ പരമാർത്ഥം ദ്വൈതശൂന്യമായിരിക്കേ ആ പരമാർത്ഥത്തിന് ഈ ദ്വൈതത്തെ അതുപോലെ ഈ പരമാർത്ഥം ബോധിച്ചവരിലും ആ ദ്വൈതത്തെ അസത്യരൂപത്തിൽ ആരോഗ്യ രൂപത്തിൽ നിലനിർത്തുന്നതിന് ഈ പരമാർത്ഥത്തിന് കഴിയും അതിനാണ് പ്രാരംഭം എന്ന് പറയുന്നത് അതുകൊണ്ട് അതങ്ങനെ സംഭവിക്കാം ഗുരുത്വം വരാം ജ്ഞാനി വരാം അതന്നെ ഈ ജീവഭാവത്തിൽ പരമാർത്ഥ ഭാവത്തിൽ പറഞ്ഞല്ലോ അതുകൊണ്ട് അത് വ്യവഹാരം വ്യവഹാരത്തിലെല്ലാം സംഭവം പരമാർത്ഥത്തിൽ നിഷേധിച്ചതെന്തോ അതെല്ലാം വ്യവഹാരത്തിൽ നിലനിൽക്കുന്നു അതുകൊണ്ടെന്ത് ചെയ്യുന്നു ഞാന് അജ്ഞാനിയെ കാണുന്നു വ്യവഹാരത്തിൽ ഞാനും ജ്ഞാനിയെ കാണുന്നു അതും വ്യവഹാരത്തിൽ ഉപദേശിക്കുന്നു ഗുരുവിനെ കാണുന്നു അവിടെ പറയുന്നു ഗുരുപരമ്പര അതിനെ കാണുന്നു പരമ്പരയിലേക്കുള്ള ഉദ്ദേശത്തെ ഗ്രഹിക്കുന്നു നൽകുന്നു ഇതെല്ലാം സംഭവിക്കും അതാണ് വിപരീതജ്ഞാന തുഞ്ചുപദ്ധ്യത ഇതെല്ലാം സർവത്തിനവിടെ സമാധാനമുണ്ട് സർവത്തെ അത് നിലനിർത്തുന്നു എന്നർത്ഥം ആ ജീവഭാവത്തും ആ ജീവഭാവം നശിച്ചാലും വീണ്ടും അതൊരു നിഴലുപോലെ വീണ്ടും നിലനിർത്തും അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്നർത്ഥം നിത്യവിജ്ഞാനി ആ നിത്യവിജ്ഞാനത്തിൽ ഇതെന്ന് സംഭവിക്കുന്നു സർവത്തെയും നിഷേധിക്കുന്നതും നിത്യവിജ്ഞാനത്തിൽ സർവത്തെയും നിലനിർത്തുന്നതും ആ ജീവഭാവത്തിൽ ഈ രണ്ടു വ്യത്യാസത്തെ എടുത്തുകൊണ്ടാണ് അദ്വൈതത്തിൽ ഈ ഉപദേശങ്ങളും ും മോക്ഷവും എല്ലാം നിലനിൽക്കുന്നത് തത്ത്വസീദി ബോധോപദേശോ എന്നെ ഉപബദ്ധ്യത ഏരിച്ച് പറയുന്നു ആ നിത്യബോധസ്വരൂപത്തിൽ നിത്യബോധസ്വരൂപമാണ് പരമാർത്ഥമെങ്കിൽ അവിടെ തത്വമസീദി എന്ന് പറയുന്ന ആ ബോധോപദേശം എങ്ങനെ യോജിക്കും നിത്യവിജ്ഞാനത്തിൽ ഇരകളില്ലാത്തടത്ത് വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട് അതിൻ്റെ യുക്തിയൊന്നും ഇല്ലല്ലോ എന്നാ ചോദിക്കുന്നതാണ് ഈ അത്തുമസി ആർക്കും വേണ്ടി ഉപദേശിക്കുന്നത് നിത്യവിജ്ഞാനത്തിനാണോ അവിടെ മറ്റൊരു വിജ്ഞാനത്തിന്റെ ആവശ്യം ജീവനാണോ ജീവഭാവത്തിനാണോ ആ ജീവഭാവം ണെന്ന് അടുത്ത് പറയും ആ ഉപദേശം അത് എങ്ങനെയാണ് അഗ്നി ആർക്കാണ് വേണ്ടത് ആർക്കാണ് അഗ്നിയുടെ ആവശ്യം വരുന്നത് നമ്മൾ പറയും കാണുന്നത് നമുക്കാണോ വിളിച്ചത്തിന് വേണ്ടി നമുക്കാണ് അഗ്നിയുടെ ആവശ്യം അഗ്നിയുടെ മുഖ്യമായ ആവശ്യം നമുക്കത് എവിടെയാണോ അഗ്നി ജ്വലിക്കുന്നത് ആ അവിടെയാണ് അഗ്നിയുടെ ആവശ്യം വരുന്നത് അഗ്നിയുടെ ജോലി എന്താണ് ദാഹകത്വം അതാണ് മുഖ്യമായ ജോലി ആ ദാഹകത്വ ധർമ്മം എവിടെ നടക്കുന്നു എന്തിനെയാണോ അത് ദഹിപ്പിക്കുന്നത് അവിടെ തത്തുമസി എന്ന് പറയുന്ന ഈ ബോധോപദേശം എവിടെയാണ് വേണ്ടത് ആ ബോധോപദേശം കൊണ്ട് എന്താണോ നശിക്കേണ്ടത് അവിടെ അഗ്നി ദഹിപ്പിച്ചെന്തിനാണ് നശിപ്പിക്കുന്നത് അവിടെയാണ് അഗ്നിയുടെ ആവശ്യം അഗ്നി ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശേഷിക്കുന്നില്ല അതുപോലെ തത്തുമസി എന്ന ആ ബോധ ഉപദേശം കൊണ്ട് ആ ജീവഭാവം നഷ്ടപ്പെടും തത്വമസി എന്നുള്ള ബോധം വന്ന് പിന്നെ ജീവനും നിലനിൽക്കുക രണ്ടും സംഭവിക്കുന്നില്ല അഗ്നി കൊണ്ട് ദഹിക്കുക പിന്നെ വേറെ അവശേഷിക്കുക രണ്ട് സംഭവിക്കുന്നു പിന്നെ അവശേഷിക്കുന്നത്ണ്ടായിരിക്കും ചാരമാണ് അതുപോലെ തത്ത് മസിന്നുള്ള ബോധോപദേശം ആ ജീവഭാവത്തിനാണ് ആ ജീവഭാവത്തെ അത് നശിപ്പിക്കുന്നു നശിപ്പിച്ചാലും അവശേഷിക്കുന്നതാണ് ചാരം അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്ന ഉദാഹരണം കൊടുക്കുന്നു ഈ ചാരത്തിൻ്റെ ഉദാഹരണം അതങ്ങനെ ശേഷിക്കും രണ്ടാമത് പിന്നെ ഒരിക്കൽ കൂടി ദഹിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ അവിടെ അഗ്നിക്ക് പ്രസക്തിയില്ല എന്തുകൊണ്ട് ഇന്ധനത്തിലെ അഗ്നിക്ക് പ്രസക്തിയാണ് ഇന്ധനത്തിലെ അഗ്നിക്ക് പ്രസക്തിയാണ് അത് വെറും ചാരമായി കഴിഞ്ഞാൽ പിന്നെ അതിന് തീ പിടിക്കത്തില്ല എന്തുകൊണ്ടവിടെ അതിൻ്റെ ആവശ്യം അതിന് അഗ്നി ഇന്ധനം നിർത്തുന്നതിനുള്ള ശക്തിയില്ല ജീവഭാവത്തിന് ആണീ പറഞ്ഞുള്ള ബോധവും അവബോധവും അവിടെ ബോധാഗ്നിയെ ജടിപ്പിക്കാനൊരു ശക്തി പക്ഷെ അഗ്നിയുടെ സ്വഭാവമാണ് അത് എന്തിനെയാണോ ആശ്രയിക്കുന്നത് അതിനെ തന്നെ നശിപ്പിച്ചത് അതിൻ്റെ ഉത്പത്തിക്ക് അതാവശ്യമാണ് അതുപോലെ ഈ ജീവഭാവം ഈ വിപരീതജ്ഞാനം ഈ അജ്ഞാനം ഇതെല്ലാം ദേശത്തിനാവശ്യം ഇതിനെ ആശ്രയിച്ച് ആ ബോധം പ്രകാശിക്കും അതിൻ്റെ ഉദാഹര ശക്തിയിൽ ജീവഭാവം നശിച്ചു പോകും രണ്ടാമതൊരു അഗ്നിയുടെ ഇല്ല കാരണം അവിടെ ഇന്ധനം ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നശിക്കാനായ ഒരു അജ്ഞാനം അവിടെ ശേഷിക്കുന്നു ചാരം അതിനെന്താണ് ബന്ധന സ്വഭാവം ഉണ്ടായിരുന്നു അജ്ഞാനം ബന്ധന സ്വഭാവം ഉള്ളതാണ് അജ്ഞാനം കൊണ്ട് നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ശേഷിക്കുന്നെന്താണ് ആ നിത്യവിജ്ഞാനം മാത്രം അവിടെ ആ ജീവഭാവം നശിച്ചാലും അവശേഷിക്കുന്ന ആ ചാരം അതിനാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത് എന്ന് പറയുന്ന അതാണ് അതാണ് പ്രാരബം കൊണ്ട് ഉപദേശവും മറ്റും നടക്കുന്നു എന്ന് പറയുന്നു ഇവിടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ ബോധോപദേശം തത്തുമസി എന്ന് പറയുന്ന ഉപദേശം ആ ജീവഭാവത്തിനാണ് നിത്യവിജ്ഞാനത്തിൽ അതിൻ്റെ ആവശ്യമില്ല ആ നിത്യവിജ്ഞാനത്തിൽ എങ്ങനെയത് വന്നു അങ്ങനെ ജീവഭാവവും അതിനൊന്നും ഇപ്പോൾ കഥ ഗുണസമാധാനം പറഞ്ഞിട്ടുണ്ട് ആരോപിതമായി വന്നു കല്പിതമായി വന്നു ഉദാഹരണം പറയുന്നു ഏതുപോലെ ഒരു ജീവന സർപ്പം പോലെ എന്നും മറ്റും പറയുന്നതാണ് അതിലാരോപിതമായി വന്നിരിക്കുന്നു അതിലാരോപിതമായി ജീവഭാവം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും അത് മായ അവിദ്യ അവിടെ അതിലാരോപിതമായ ആരോപിതമായ മായാശക്തിയിൽ മൂലപ്രകൃതിയിൽ അല്ലെങ്കിൽ അവിദ്യയിൽ ജീവഭാവം ആ വിദ്യക്ക് ആരോപിതമായ പരിണാമങ്ങൾ സംഭവിച്ചു അവിടെ അന്ധകരണമുണ്ടായി അവിടെ കരണങ്ങളുണ്ടായി അവിടെ എന്തു പറഞ്ഞെന്താണ് ഞാൻ ആഭാസം അത് സംഭവിച്ചു ഞാൻ ആഭാസം സംഭവിച്ചപ്പോൾ അവിടെ ജീവഭാവം വന്നു ആ ജീവഭാവം സുഖിയും ദുഃഖിയുമായി അവിടെ തത്ത്വോപദേശം വന്നു ആ ജീവഭാവത്തെ നശിപ്പിച്ചു നിത്യവിജ്ഞാനം മാത്രം ശേഷിക്കൂ അതാണ് ബന്ധവും മോക്ഷവും അങ്ങനെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇവിടെ പറയുന്നു എങ്ങനെ ആ ബോധോപദേശം എങ്ങനെ നിലനിൽക്കും ആത്മാനമേവ അവയെ നിത്യവുമാധീനിച്ച ഈ ഉപദേശങ്ങളെ എങ്ങനെ നിലനിൽക്കും ആത്മാവനെ അറിഞ്ഞു സാക്ഷാത്കരിച്ചു അവൻ ആത്മബോധത്തോടു കൂടിയവനാണ് ഇതൊന്നും സംഭവിക്കത്തില്ലോ നിത്യബോധാത്മകത്വ നിത്യവിജ്ഞാന രൂപിയാണ് സ്വസ്വരൂപം നിത്യവിജ്ഞാനമാണ് അവിടെ എന്തിന് ഒരു തത്വം വീണ്ടും ചോദിക്കുന്ന ഈ ആദിത്യോ അന്യേനെ ആദിത്യൻ മറ്റെന്തുകൊണ്ടാണ് പ്രകാശിക്കുന്നത് ആദിത്യനെ പ്രകാശിപ്പിക്കാൻ മറ്റെന്തിന്റെയാണ് ആവശ്യം അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രകാശം ആത്മാവിന്റെ ജ്ഞാനം എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥമുള്ളത് ആത്മാവിനെ കുറിച്ച് എന്താ പറയുന്നത് സ്വയം ജ്ഞാനസ്വരൂപം എന്നാണ് ആത്മാവ് അത് പറയുന്നത് എന്താണ് ആദിത്യനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു ജ്ഞാനം എന്ന് പറയുന്നതുപോലെയാണ് മറ്റൊരു ജ്ഞാനം വേണ്ടി വന്നാൽ ആദിത്യൻ പ്രകാശമല്ലാത്തതായിരിക്കും ആത്മാവിനെ ബോധിപ്പിക്കാൻ തത്വമസി എന്നൊരു ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ആത്മാവ് ജ്ഞാനമല്ലെന്ന് പറയേണ്ടി വരും പറയുന്നത് അതഹ തതർഥ ബോധോപദേശം അനർത്ഥക അതുകൊണ്ട് ആത്മാവിനെ ബോധിപ്പിക്കുക ആത്മാവിനെ കുറിച്ചുള്ള ഉപദേശം തത്ത്വമസി അത് അനർത്ഥകമാണ് ഇത് ചേ ശരിയല്ല അനുസമാധാനം അടുത്ത സൂത്രരൂപത്തിൽ പറയാണ് ലോക അധ്യാരോപ അപോഹ അർത്ഥത്വ അവിടെ മുഖ്യമായി പറയുന്ന ഒരു കാര്യം അത് അംഗീകരിക്കുകയാണ് ശരിയാണ് ആദിത്യനെ പ്രകാശിപ്പിക്കാൻ വേറൊരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല അതിന് സംശയമൊന്നും കാരണം അവിടെ ആദിത്യില്ല പക്ഷേ ഇരുളുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ ഇരുട്ടിനെ മാറ്റാൻ പ്രകാശം ആവശ്യമുണ്ടല്ലോ അപ്പൊ ഇരുളിനും വെളിച്ചത്തിനുമായ ഒരു തലമുണ്ട് ഒരു നില അവിടെ വെളിച്ചത്തിൻ്റെ ആവശ്യം ഇരുൾ വെളിച്ചം മാറ്റുന്നു ആദ്യത്തിന് ഒരിക്കലും ഇരുൾ വന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ആവശ്യം ഇപ്പം തത്വമസീദ് ആവശ്യമില്ല അത് സർവാധാരമായി സർവാതിശയമായി സദാസ്ഥിതി അവിടെ ഗുരുവശിഷ്യനുമില്ല അതാണ് പറഞ്ഞത് ഗുരു നൈവശിഷ്യാന്ന് പറയുന്ന ആ സ്ഥാനത്തെക്കുറിച്ചാണ് അവിടെ ഉപദേശമില്ല ശാസ്ത്രമില്ല അവിടെ ബന്ധമില്ല മോക്ഷമില്ല സമ്മതിച്ചു പക്ഷെ ലോകാധ്യാരോപം പക്ഷെ ലോകർക്ക് അധ്യാരോപുണ്ട് ഉണ്ടല്ലോ ഇത്രയും വലിയ തത്വത്തെ പരമാർത്ഥത്തെ പറയുമ്പോഴും സ്വാനുഭവം എന്താണ് അധ്യാരോപമാണ് സ്വന്തം അനുഭവം ലോകർ എന്ന് പറഞ്ഞാൽ ജീവൻ ജീവനിൽ അധ്യാരോപം ജീവൻ സർവത്തെയും ധനൽ ആരോപിക്കുന്നുണ്ടല്ലോ ആ അധ്യാരോപ അപോഹാർത്ഥത്വ അതിൻ്റെ അപ്പോഹനം അതിൻ്റെ നിരാകരണം അതിൻ്റെ നിഷേധം അതിന്റെ ഇല്ലായ്മ അതിനുവേണ്ടി തത്വമുസിയുടെ ആവശ്യമുണ്ടെന്ന് അതിനെ രണ്ടിനെയും വ്യക്തമായി വ്യവച്ഛേദിച്ച് പറയുക ഒന്ന് നിത്യവിജ്ഞാനം അല്ലെങ്കിൽ സ്വരൂപവിജ്ഞാനം മറ്റൊന്ന് ജീവഭാവം ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് നിത്യവിജ്ഞാനത്തിലാണോ നിത്യവിജ്ഞാന സ്വരൂപിയാണോ എന്നാൽ നിനക്ക് തത്വമുസ് ആവശ്യം പറഞ്ഞല്ലോ അഗ്നി ഇന്ധനത്തെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അഗ്നിയുടെ ആവശ്യമുണ്ടോ അഗ്നി അപ്രത്യക്ഷ അഗ്നി വന്നു അതിൻ്റെ ജോലി ചെയ്തു അത് പോയി അതുപോലെ ഇതിലും ജീവഭാവമുണ്ടോ ആ ജീവഭാവം ഉണ്ടെങ്കിൽ അവിടെ അതിനെ ആ ജീവഭാവത്തെ ഇല്ലായ്മ എത്തിക്കുന്നതാണ് ജ്ഞാനാഗ്നിയുടെ ആവശ്യമുണ്ട് അത് വിധി അതാണ് അടുത്ത് വിശദീകരിക്കുന്നത് സർവാത്മനിത്യവിജ്ഞാനി ബുദ്ധ്യാദി അനിത്യധർമ്മ ലോകയുടെ അധ്യാരോപിതുന്നു വാസ്തവ സ്വരൂപവും സർവാത്മാവ് തന്നെ സർവാത്മാവ് നിത്യവിജ്ഞാനം തന്നെ പക്ഷെ നീ സ്വയം നിത്യവിജ്ഞാനമായിരുന്നു എന്ത് ചെയ്യുന്നു ബുദ്ധ്യാദി അനിത്യധർമാ ലോകീ അധ്യാരോപിത അവിടെ ആ നിത്യവിജ്ഞാനത്തിൽ അനിത്യവിജ്ഞാനത്തെ ആരോപിക്കുന്നു ആര് ഈ ജീവഭാവം ആരോപിച്ചുകൊണ്ടിരിക്കുന്നു ആരോപിക്കുന്നു എന്ന് പറഞ്ഞാൽ കാണാം അത് വാസ്തവമല്ലാതെ സംഭവിച്ചുകൊണ്ടേ മരുഭൂമിയിൽ അവിടെ ജലമില്ല എങ്കിലും ജലത്തെ ആരോപിക്കുന്നു അതെങ്ങനെ സംഭവിക്കുന്നു അതെങ്ങനെ എന്ന് ചോദിച്ചാൽ എങ്ങനെയോ അത് സംഭവിക്കുന്നു അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം പലതും നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മളറിയാത്ത കാരണങ്ങളുണ്ടായിരിക്കാം എന്തായാലും മരുഭൂമിയിൽ ജലത്തെ കാണും ആ ജലം മരുഭൂമിയിൽ സ്പർശിക്കുന്നവർ അതുപോലെ ഇവിടെ സംഭവിക്കുന്നു നിത്യവിജ്ഞാനത്തിൽ ആരോപിതമായ ജീവഭാവം വരും ആ ജീവഭാവം അത് സർവത്തെയും മറ്റു പലതിനെയും ആരോപിക്കും ശരീരാദികളിൽ അഹംബുദ്ധി മമത്വം സുഖം ദുഃഖം ഇതെല്ലാം ആരോപിക്കും ഇവിടെ ബാഹ്യമായി നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയുന്ന രജുസർപ്പം അല്ലെങ്കിൽ മരുമരീചിക ശുദ്ധികാരചിതം ഇതൊന്നും ശരിക്കുള്ള അധ്യാരോപമല്ല അതൊന്നും അല്ല ശരിയായ അധ്യാരോപം നമ്മൾ സംഭവിക്കുന്നതാണ് ശരിയായ അധ്യാരപം ഓരോ ജീവനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിത്യവിജ്ഞാനത്തിൽ സംഭവിക്കുന്നത് മാത്രമേ അധ്യാരോപമാകുന്നുള്ളൂ എന്തുകൊണ്ടാണ് കാരണം മരുമരിചിയെ കാണുന്നു അവിടെ നമ്മൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത് അസത്യമായ മരുഭൂമിയിൽ അസത്യമായ ജലം എന്ന് പറയുന്നു ഇത് വാസ്തവത്തിൽ പൂർണ്ണമായൊരു അധ്യായവുമല്ല എന്തുകൊണ്ട് കാരണം അവിടെ കാഴ്ചക്കാലം വേറെയാണ് കാണുന്നവൻ പേരെ അവൻ്റെ കാഴ്ചയിലാണ് സത്യമായ മരുഭൂമിയും കൽപ്പിതമായ ജലമുള്ളത് ഇവിടെ മൂന്നുണ്ടൊന്ന് കാണുന്നവൻ മറ്റൊന്ന് സത്യമായ ഭൂമി കല്പിതമായ ജലം ഇവിടെ എങ്ങനെയാണ് ഇവിടെ പറയുന്നെന്താണ് ഇവിടെ പറയുന്നെന്താണ് നിത്യവിജ്ഞാനത്തിൽ ഭാഹ്യമായി രജ്ജുവിൽ സർപ്പത്തെ കൊണ്ട് ഭ്രമിച്ച പ്രസിദ്ധമായതുകൊണ്ട് പറയുന്നതെന്നേ ഉള്ളു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അത് കാണുന്നവൻ ഭ്രാന്തനായിത്തീരും പറയുന്നു അവൻ ഭ്രാന്തനായി നിമിഷം അവനുള്ളൊരു മിഥ്യാജ്ഞാനം ഉണ്ടായി അവൻ ഭ്രാന്തനായിത്തീരുന്നു മരുഭൂമിയിൽ അല്പം നേരത്തേക്ക് ജലമെന്നുള്ള ബോധമുണ്ടായ നിമിഷം അതൊരു പക്ഷേ നിമിഷാർത്ഥമായിരിക്കും എന്തായാലും ആ സ്വയം താൻ സ്വയം ഭ്രാന്തനായി എന്താണ് അവിടുത്തെ ഭ്രാന്തി അവന്റെ ആ വാസ്തവജലത്തെ അതിനപേക്ഷിച്ചാണ് പറയുന്നത് ഇത് ഭ്രാന്തിയാണ് അതുകൊണ്ട് അവൻ മുമ്പ് തന്നെ ഒരു ഭ്രാന്തിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് പറയുന്നു എന്താണ് ഇതൊരു ഭ്രാന്തിയാണ് എന്ന് പറഞ്ഞു വാസ്തവജലം അതിനെ കുറിച്ചുള്ള അവന്റെ അനുഭവം ഭ്രാന്തമാണ് പക്ഷെ അതിനെ അവൻ സത്യമായി ധരിക്കുന്നു ധരിക്കുന്നു ഭ്രാന്തി അവൻ സത്യമായി ധരിക്കുന്നു മറ്റൊരു ഭ്രാന്തി ആരോപിക്കുന്നു അതാ സംഭവിക്കുന്നു രജുവിനവൻ സത്യമായി കരുതുന്നു വാസ്തവത്തിൽ അതും ഒരു ആരോപമാണ് രജ്ജുവിനെ സത്യമായി കരുതുന്ന ആ ഭ്രാന്തി നിന്നുകൊണ്ടവൻ മറ്റൊരു ഭ്രാന്തിക്ക് അടിമയായി പോവുകയാണ് എന്താണ് അതാ സർപ്പം അങ്ങനെ ഒരു ഭ്രാന്തിക്ക് ഇവിടെ പറയുന്നത് എന്താണ് ഈ നിത്യ ഈ നിത്യ വിജ്ഞാനത്തിലാണ് ഈ ആരോപണങ്ങളെല്ലാം സംഭവിക്കുന്നതെന്ന് നിത്യവിജ്ഞാനത്തിലാണ് രജ്ജുവിനെയും ആരോപിച്ചിരിക്കുന്നത് സർപ്പത്തി ആരോപിച്ചിരിക്കുന്നത് അത് മാത്രമല്ല രജ്ജുവിനെയും സർപ്പത്തെയും കാണുന്ന ഈ ജീവഭാവത്തെയും ആ നിത്യവിജ്ഞാനത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത് ഇത് മൂന്നിന് ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസം വിജ്ഞാനത്തിന് സംഭവിക്കുന്നു ഇവിടെ ഈ ജീവഭാവത്തിൽ ആ മരുഭൂമിയിലെ ഇടത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ താൻ ഒരു നിമിഷത്തേക്കാണെങ്കിലും ഭ്രാന്തനായി അങ്ങനെയാണെങ്കിൽ ഈ ജീവഭാവം ഈ മരുഭൂമി അതിൻ്റെ ജലം ഇതിനെല്ലാം ഇതെല്ലാം ആരോപിച്ചിരിക്കുന്ന ആ നിത്യവിജ്ഞാനം അതും ഭ്രാന്തമാകുന്നില്ല അപ്പോൾ അതും ഭ്രാന്തമാണ് പക്ഷെ അവിടെ ഭ്രാന്തി സംഭവിക്കുന്നില്ല എന്തുകൊണ്ടാണോ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഭ്രാന്തി താൻ സത്യമായി ധരിക്കുന്നു അവിടുത്തെ ഭ്രാന്തി അസത്യമാണ് രണ്ടെന്നുമുള്ള വ്യത്യാസം തുരിയുള്ള ഭ്രാന്തി അത് സത്യബോധം ജീവന്റെ ഭ്രാന്തിയിൽ സത്യബോർ ഉണ്ട് സത്യബോറുണ്ട് സത്യബോധത്തെ അവൻ തന്റെ രണ്ടെന്നുമുള്ള വ്യത്യാസം എന്തുകൊണ്ട് ഇവിടെ ഈ ജീവഭാവത്തിലാണ് ഭ്രാന്തി ഇതെല്ലാം നിലനിൽക്കുന്ന ഇവിടെ ആ നിത്യവിജ്ഞാനത്തിൽ അത് ഇതിനെല്ലാം നിലനിർത്തുമ്പോഴും ഭ്രാന്തി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അസത്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ ഇല്ലാത്തതാണ് വാസ്തവത്തിൽ ഇല്ലാത്തതുകൊണ്ട് അത് ഭ്രാന്തമാകുന്നു അത് ഭ്രാന്തമാകുന്നില്ല ഇവിടെ അങ്ങനെയല്ല ഈ ഭ്രാന്തിയിൽ സത്യത്വത്തെ ആരോപിക്കും പണ്ടു തമ്മിലുള്ള വ്യത്യാസമാണ് എന്നിട്ടവൻ യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ അവൻ ഭ്രാന്തനാകുന്നു നിത്യവിജ്ഞാനത്തിൽ അത് സംഭവിക്കുന്നു മുക്തനിലോ സംഭവിക്കുന്നു അവിടെ ഭ്രാന്തിയുടെ യാഥാർഥ്യം അറിയുന്നത് എന്താണോ ആ ഭ്രാന്തി വാസ്തവമല്ല എന്നറിയ എന്നറിയുന്നു പിന്നെന്താണോ ഭ്രാന്തി എന്ന് പറയുന്നത് മാത്രം മരീചിയുടെ ജലത്തിൻ്റെ സത്യം അറിഞ്ഞതിന് ശേഷം ആ ജലത്തെ കാണുന്നു അതെന്താ അത് ഭ്രാന്തിയാണ് അത് ഭ്രാന്തിയാണ് പക്ഷെ സത്യബോധമില്ലാത്ത ഭ്രാന്തി കേവലം പ്രതീതി മാത്രം ഇപ്പം നിത്യവിജ്ഞാനത്തിൽ ഈ വിജ്ഞാനത്തിൽ എന്ന് പറയുന്നത് കേവലം പ്രതീതി മാത്രമാണ് അതാണ് തത്വജ്ഞാനിയുടെ ഈ ജീവന് തത്വജ്ഞാനം കൊണ്ട് പ്രാപിക്കുന്ന നില അതാണ് കേവലം പ്രതീതി മാത്രം ആ സമയം ആ ജീവഭാവത്തിലാണെങ്കിലോ സത്യമായ ഭ്രാന്തി അവന് യഥാർത്ഥത്തിൽ ഭ്രാന്തനായിത്തീരും എന്തുകൊണ്ട് ഇവിടെ ഈ ഭ്രാന്തിക്ക് സത്യമായ ഭ്രാന്തിക്ക് ആധാരമായ ജീവഭാവത്തിലാണ് ഭ്രാന്തി സംഭവിക്കുന്നത് നിത്യവിജ്ഞാനത്തിലാണ് ജീവഭാവത്തിൽ ഭ്രാന്തി സംഭവിക്കുന്നത് അപ്പോൾ ജീവഭാവത്തിലെ ഭ്രാന്തിയാണ് ബന്ധനത്തിന് കാരണമായിരിക്കുന്നത് രണ്ടു വ്യത്യാസം എന്താ വരുന്നത് ജീവഭാവത്തിലെ ഭ്രാന്തിയിൽ അത് പ്രതീതിയോടൊപ്പം സത്യത്വബോധവും നിത്യവിജ്ഞാനത്തിലെ അഭ്രാന്തിയും സത്യബോധമില്ല കേവലം പ്രതീതി മാത്രം അവിടെ ഇത് നിലനിൽക്കുന്നു മാത്രം ജലത്തിലെ സത്വം ബോധിച്ചതിന് ശേഷം നിലനിൽക്കുന്നത് അവിടെ എന്താണ് രണ്ടേ മരുഭൂമിയിൽ ജലം പ്രതീതമാകുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്നെന്താണ് മരുഭൂമി മറ്റൊന്ന് ജലം മൂന്നാമത് കാഴ്ചക്കാരനാണ് മാറി നിൽക്കുന്നത് ഇവിടെ നിത്യവിജ്ഞാനത്തിൻ്റെ പ്രതീതി എന്ന് പറയുമ്പോൾ അവിടെ ഈ മൂന്നാമനില്ല കേവലം മരുഭൂമിയും ജലവും പോലും മരുഭൂമിയിൽ ജലം കാണണമെങ്കിൽ മൂന്നാമനൊരുവൻ വേണം എന്താണ് ആ ജീവൻ ജീവഭാവം വേണം മരുഭൂമിയും ജനവും മാത്രം പോരാ മാറി നിന്ന് കാണാൻ ഒരാൾ വേണം എന്നാലേ അവിടെ ആ പ്രതീതി നിത്യവിജ്ഞാനത്തിലാണെങ്കിലോ നിത്യവിജ്ഞാനത്തിൽ കേവലം പ്രതീതി മാറി അവിടെ അതിനെ സത്യമെന്ന് ബോധിക്കുന്ന ജീവഭാവം അവിടെ ഈ ജീവഭാവം എന്ന് പറയുന്നത് തന്നെ എന്താണ് ഈ പ്രതീതി സത്യമെന്ന് ബോധിക്കുന്ന അവസ്ഥയാണ് ആ ജീവഭാവം ആ ജീവഭാവം അവിടെ പിന്നെന്താണ് കേവലം പ്രതീതി മാറി മരുഭൂമിയും മരുപ്പച്ചയ്യുമ്പോൾ അവർ മാത്രമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജീവഭാവത്തിലാണ് ആ ജീവഭാവം എങ്ങനെ വന്നോ ആരോപിതമായി വന്നു ആരോപിതമായ അത് വരുമ്പോൾ അവിടെ ആ ജീവഭാവത്തിൽ ജീവഭാവത്തിന് രണ്ടിനും മധ്യത്തിന് നിൽക്കുകയാണ് ഒന്ന് നിത്യവിജ്ഞാനം മറ്റൊന്ന് ആരോപിതമായ പ്രതീതി ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഇടയിൽ നിൽക്കുന്ന ജീവഭാവം ഇത് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുകയാണ് ജീവഭാവത്തിന് രണ്ടുമായും ബന്ധമുണ്ട് പറഞ്ഞല്ലോ ഇത് വിജ്ഞാനാഭാസം വിജ്ഞാനാഭാസത്തിന് വേണ്ടി അത് ഈ നിത്യവിജ്ഞാനത്തെ ആശ്രയിക്കുന്നുണ്ട് അച്ഛതിന്റെ ഈ ഭ്രാന്തി എന്താണ് ഇതെല്ലാം സത്യമാണെന്നുള്ള ഭ്രാന്തിക്ക് വേണ്ടി ഈ ദൃശ്യത്തെയും ആരോപിക്കുന്നുണ്ട് അല്ലെങ്കിൽ മായെ അല്ലെങ്കിൽ അവിദ്യയെ അതാരോപിക്കുന്നുണ്ട് ഇതിന് രണ്ടിനും മധ്യത്തിന് നിൽക്കുകയാണ് ഈ ജിയോഭാവം ഈ ജീവഭാവം ആ ജീവഭാവം നശിപ്പിക്കുന്നതിന് വേണ്ടി ആണ് ഈ ആ ജീവഭാവത്തെയാണ് ഇവിടെ പറയുന്നത് എന്താണോ ൗകികൻ എന്ന് പറയുന്നു ആ ലൗകികനെ സംബന്ധിച്ചാണ് ഈ അധ്യാരോപം അദ്ധ്യാരോപത്തിലുള്ള സത്യത്വ ബുദ്ധി എന്നാണ് ഇവിടെ പറയുന്നത് ലോകൈ അധ്യാരോപിത ആത്മാ അവിവേകത ലോകാധ്യാരോപ അപോഭാർഥത്വ സർവാത്മനി ഹി നിത്യവിജ്ഞാനി ബുദ്ധ്യാദി അനിത്യധർമ്മ ലോകേഹി അധ്യാരോപിത അപ്പം ഇവിടെ രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത് അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഒന്ന് നിത്യവിജ്ഞാനത്തിൽ നിത്യവിജ്ഞാനത്തിൽ അധ്യാരോപം എങ്ങനെ സംഭവിക്കുന്നു അത് അവിടെ ആരോപിതമായി മൂലപ്രകൃതി നിലനിൽക്കുന്നു കേവലം പ്രതീതി മാത്രമാണ് ആ മൂലപ്രകൃതിയിൽ പരിണാമങ്ങൾ സംഭവിക്കുന്നു പരിണാമങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ തന്മാത്രകൾ അതിൽ അതിൽ ഇന്ദ്രിയങ്ങൾ പരിണാമം സംഭവിക്കുന്നു സ്ഥൂല ശരീരം ഇതെല്ലാം പ്രപഞ്ചം എല്ലാം വരും അതിലാസൂക്ഷ്മമായ തന്മാത്രകൾ അന്ധക്കരണം ഇന്ദ്രിയങ്ങൾ ഇതിൽ സൂക്ഷ്മഭാവത്തിൽ ഈ വിജ്ഞാനാഭാസ സംഭവിക്കുന്നു നിത്യവിജ്ഞ നിത്യവിജ്ഞാനത്തിൽ വരുന്ന അധ്യായവും മായയുടെ അധ്യായം മായയുടെ പരിണാമത്തിൽ सूक्ष्म भावे भाव अति सूक्ष्म भावभाव आ मायाप्रणाम अहम अहं चि मन बुद्धि അവസ്ഥകൾ വരുന്നത് ആ മയപരിണാമത്തിലാണ് പ്രകൃതിയുടെ പരിണാമത്തിലാണ് അവിടെ നിത്യവിജ്ഞാനാഭാസം വരുന്നു അല്ലെങ്കിൽ ചിത്താഥാത്മ്യം വരുന്നു അതിനെ ചിത് ജഡ് ഗ്രന്ഥി എന്ന് പറയും അവിടെ രണ്ടും കൂടുതലും അവിടെ പുതുതായെന്ന് സൃഷ്ടിക്കുന്നു അതാണ് ജീവഭാവം അതാണ് ജീവഭാവം അപ്പോൾ ആ ജീവഭാവവും അത് നിത്യവിജ്ഞാനവും എങ്ങനെ ആഭാസം ഈ മായ കൊണ്ട് അതിലെങ്ങനെ പരിണാമം അത് അതിവിടെ വ്യക്തമാക്കുകയാണ് അതിനാണ് ലോകർ എന്ന് പറയുന്നത് അതാണ് ജീവൻ അവിടെ അനുഭവപ്പെടുന്ന അഹം മനസ്സ് ഇതെല്ലാം ഇത് സർവ്വതും ആ മായയുടെ പരിണാമമാണ് അത് അത് കേവലം പ്രതിബിംബമെന്നോ ചിച്ഛായി എന്നോ പറയുന്ന ഒന്നുണ്ട് ഒരു ചൈതന്യ സാന്നിധ്യം അതിലുണ്ട് അതുകൊണ്ട് അതിൻ്റെ ജീവഭാവം ഒന്നും അത് വ്യക്തമാകും ഇവിടെയാണ് സൂക്ഷത്തയും ജാഗ്രതയും പരിശോധിച്ചാൽ മതി ബ്രഹ്മസൂത്രത്തിൻ്റെ പ്രാസ് തെർച്ചിട്ടുള്ളതാണ് സുഷുത്തിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് തുര്യൻ നമുക്കൊന്നും അറിയാൻ വയ്യ അതുകൊണ്ട് നമ്മൾ പറയുന്ന അവിടെ അവിദ്യയുണ്ട് അജ്ഞാനമുണ്ടോ അതിനെ നമുക്ക് മനസ്സിലാക്കിയതുപോലെ ആ നിത്യവിജ്ഞാനത്തിലെ മായയുടെ അല്ലെങ്കിൽ അവിദ്യയുടെ ആരോപം പോലെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല അവിടെ ജനനമില്ല മരണമില്ല ബന്ധമില്ല മോക്ഷമില്ല ഒന്നും സംഭവിക്കുന്നുണ്ട് എന്നാൽ എന്നാൽ ആ നിത്യവിജ്ഞാനത്തിൽ എങ്ങനെ ഈ മായയുടെ ആരോപണം നില അത് ഒരു ദൃഷ്ടാന്തമായി ഒരു ഉപമയായിട്ട് നമുക്ക് സൃഷ്ടിയെടുക്കാം അവിടെ നിന്ന് ജാഗ്രതത്തിലേക്ക് സംഭവിക്കുമ്പോൾ അതാണ് പരിണാമം മായയുടെ പരിണാമം അത് എങ്ങനെയുള്ള പരിണാമം സൂക്ഷ്മമായ പരിണാമം യുടെ ഏറ്റവും സൂക്ഷ്മമായ പരിണാമം അതാണ് അഹം അതാ പ്രകൃതിയുടെ പരിണാമമാണ് അഹന്ത എന്ന് പറയുന്നത് അതിസൂ അതിസൂക്ഷ്മമായ പരിണാമം തന്മാത്രകളുടെ തരത്തിലുള്ള അഹം എന്ന് പറയുന്ന പരിണാമത്തിൽ എന്തുവരുന്നു ആ തുര്യൻ്റെ വിജ്ഞാനാഭാസ സംഭവം അതാണ് ജാഗ്രത തുടക്കം അപ്പം അതുവരെ ഉണ്ടായിരുന്ന ആരോപം അത് ദോഷമൊന്നും ചെയ്തില്ല ആരോപത്തെ കുറിച്ച് നമുക്കൊന്നും പറയാൻ വയ്യ സുഷൃക്തി അത് അനർവചനീയമാണ് പക്ഷേ ഈ ജാഗ്രത അത് കാരണമായിരുന്നു എന്ന് മാത്രം പറയാം കാരണം അവിടെ നിന്നാണ് വന്നത് അവിടെ നിന്നാണ് ജാഗ്രതത്തിലേക്ക് വന്നത് അതുകൊണ്ട് പറയുന്നത് കാരണമായിരുന്നു ജാഗ്രത ആ അവിദ്യാപരിണാമമായ അഹന്തയുടെ അല്ലെങ്കിൽ അവിദ്യാപരിണാമത്തിൻ്റെ ഏറ്റവും ആസൂക്ഷ്മ രൂപം അതിൽ ഈ ചിച്ഛായ വരുന്നു അതെങ്ങനെ നിൽക്കുന്നു അതും ആരോപിതമായി നിൽക്കുന്നു അതും ആരോപിതമായി നിൽക്കുന്നു അഹം സ്ഫുരണമുണ്ടാവും അഹത്തോട് ചേർന്ന് ചിത്തം പ്രവർത്തിക്കുന്നു മനസ്സ് പ്രവർത്തിക്കുന്നു അഹത്തോട് ചേർന്ന് കർണങ്ങൾ അതെല്ലാം പരിണാമങ്ങളാണ് ആ മായാ പരിണാമങ്ങളാണ് ആ ഏകമായ മണ്ഡുഗീത്ത് പറയുന്നത് എന്താണ് ഖനീഭൂതമായ അവസ്ഥ ആ ഖനീഭൂതമായ അവസ്ഥയിൽ നിന്ന് വിജ്ഞാനഘനം എന്ന് പറയും അവിടെ നിന്ന് പരിണമിച്ച് വന്നതാണ് പരിണമിച്ചതെന്ന് നമുക്കതിനെ കുറിച്ച് പറയാം പക്ഷെ അത് ആരോപിതമായി ഒന്നാണ് പരമാർത്ഥമാണ് ജ്ഞാനത്തിൽ ആരോപിതമായി പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നു അവിടുത്തെ ആ അഹംസ്ഫിരണമുണ്ടാവുമ്പോ ആ നിത്യവിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് ആ അഹം സ്ഫിരണവും ചൈതന്യത്താവും ജ്ഞാനം എന്നുള്ള ബോധം വരുന്നു അപ്പവിടെ ചൈതന്യം വന്നു കഴിഞ്ഞു ചൈതന്യത്തിന്റെ വിശേഷത എന്താ ചൈതന്യത്തിന്റെ വിശേഷത എന്താണോ ആ ചൈതന്യത്തിൽ ആരോപണങ്ങൾ അതിൽ ഭ്രാന്തി സംഭവിച്ചോളൂ അതാണ് തുടർന്ന് സംഭവിക്കുന്നത് തുടർന്ന് ആ ചൈതന്യത്തിന്റെ ഇവിടെ പറയും ചൈതന്യോപരാഗം അതിൻ്റെ ഒരു കലരൽ എങ്ങനെയാണോ ആ നിത്യവിജ്ഞാനത്തിന്റെ ഛായ ഈ അഹംവൃത്തിയിലേക്ക് വന്നത് അഹമെന്ന് പറയുന്ന പരിണാമത്തിലേക്ക് വന്നത് അതുപോലെ അത് മറ്റ് സർവത്തിലേക്കും വ്യാപിക്കും അതുപോലെയുള്ള അതുപോലെയുള്ള സൂക്ഷ്മ പരിണാമങ്ങളിലേക്കും എന്താണ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ പിന്നെ ആ തന്നെ വൃത്തികൾ അതിൻ്റെ തന്നെ പരിണാമം സർവത്രേ ഇച്ഛായ വ്യാപിക്കും അപ്പോൾ അതിന് ശക്തി ഉണ്ടാകും അത് ചൈതന്യത്തിൻ്റെ സ്വഭാവമാണ് എന്താ അതിനാരോപിക്കാൻ കഴിയും പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു വിടെ ഈ ചൈതന്യം ജഡവുമായി കൂടിക്കലർ മായയുമായി അല്ലെങ്കിൽ മായാപരിണാമവുമായി അത് കൂടിക്കലരുന്നതും ഉണ്ട് അതെന്താണ് അജ്ഞാനത്തിന്റെ അജ്ഞാനത്തിന്റെ കാര്യമാണ് എൻ്റെ സ്വഭാവം തന്നെ അജ്ഞാനമാണ് അതുകൊണ്ടവിടെ സ്വരൂപവിസ്മൃതി സംഭവിക്കുന്നു നിത്യവിജ്ഞാനത്തിൽ സ്വരൂപവിസ്മൃതി സംഭവിച്ചിട്ടില്ല സുഷുതി സർവ്വസാക്ഷിയായിരിക്കുന്നത് സ്വരൂപവിസ്മൃതി സംഭവിച്ചിട്ടില്ല പക്ഷേ അത് എന്നൊരു മാറ്റം സംഭവിക്കുന്നു ആ മാറ്റം സംഭവിച്ച് ജാഗ്രതത്തിലേക്ക് അഹംബോധത്തിലേക്ക് വരും അവിടെ സ്വരൂപവിസ്മൃതി സംഭവിക്കും അത് അജ്ഞാനമുണ്ട് കാരണം ഈ അഹം വൃത്തി തുടങ്ങി വന്നിരിക്കുന്ന സർവവും അജ്ഞാനകാര്യങ്ങളും അജ്ഞാനപരിണാമമാണ് അത് പേരിൽ കാര്യമില്ല ജ്ഞാനമെന്നോ മായയെന്നോ അവിദ്യയെന്നോ എന്ത് വേണം വിളിക്കുക അതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമില്ല അത് സംഭവിക്കും ആ മായ തന്നെ അല്ലെങ്കിൽ ആ അവിദ്യ തന്നെ സൂക്ഷ്മരൂപത്തിൽ ഇരിക്കുക ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ആ ചിത്ത സൂക്ഷ്മത്തിലേക്ക് വരും സൂക്ഷ്മത്തിലേക്ക് വന്നു ആ ചൈതന്യം ആ ചൈതന്യപരം സ്ഥൂലത്തിലേക്ക് സ്ഥൂല ശരീരത്തിലേക്ക് അഹംബോധം ആ സ്ഥൂല ശരീരത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതംബോധം ഇത് എന്നുള്ള ബോധം ഏത് നിമിഷമാണോ ആ ചൈതന്യത്തിലേക്ക് പ്രസരിച്ചത് വിജ്ഞാനാഭാസം ആ നിമിഷം മുതലവിടെ ആരോപണം അത് തുടങ്ങി അതാരോപിക്കുന്നു ആ ചൈതന്യം എന്ത് ചെയ്യുന്നു അത് ചെറുപ്പം തന്നിലാരോപിക്കും ഞാൻ എന്റെ മനസ്സ് എന്റെ ബുദ്ധി എന്റെ ശരീരം ആ ചൈതന്യത്തിൻ്റെ ആ ചൈതന്യത്തിന്റെ വിശേഷതയാണ് ചൈതന്യവും ചിജട ഗ്രന്ഥി എന്ന് പറയുന്നത് അതവിടെ സംഭവിക്കുന്നു ആരോപം തുടരുന്നു ആരോപം തുടരുമ്പോൾ അത് മുഖ്യമായി രണ്ടംശം വരും അതിലാ ചൈതന്യത്തിന്റെ അംശമാണ് അഹം അതിലാ ജഡത്തിന്റെ അംശമാണ് ഇതം ഇത് ഈ രണ്ടു തരത്തിൽ ഇതാണ് ആരോപം ആരൂപത്തിന് ചൈതന്യം മാത്രം പോരാ ചൈതന്യം വേണം ജഡവും വേണം ജഡവും വേണം വിശേഷിച്ച് ജീവന്റെ ആരോപണം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം അവിടെ അവനജ്ഞനാവും ആ ചൈതന്യത്തിൽ ആ അജ്ഞാനത്തിൻ്റെ അനുവൃത്തി സംഭവിച്ചു പറയുന്നു ഞാൻ അജ്ഞനാണോ ഞാൻ മനസ്സുള്ളവനാണോ ഞാൻ ചിന്തിക്കുന്നവനാണോ ഞാൻ കാണുന്നവനാണോ അത് ബാഹ്യമായി വരുന്നു എന്ന് പറഞ്ഞത് ബാഹ്യമാകുന്നു ബാഹ്യമാകുന്നു ബാഹ്യമാകുന്ന എങ്ങനെ ഇതംബോധ്യമാകുന്നു അത് അന്തർമുഖമായിരിക്കുന്നെങ്ങനെ അഹംബോധം കൊണ്ടാണ് അഹംബോധത്തിലിരിക്കുമ്പോൾ അവൻ അന്തർമുഖന ഇതം ബോധത്തിലേക്ക് വരുമ്പോൾ അത് ബാഹ്യനാകുന്നു ജീവൻ ബാഹ്യനായി അവിടെ അവൻ പിന്നെ എന്തു ചെയ്യുന്നു രജുവിൽ സർപ്പത്തെ ആരോപിക്കുന്നു ഈ അഹം രൂപത്തിലിരിക്കുന്ന ആ ചൈതന്യത്തിൽ ശരീരത്തെ ആരോപിക്കുന്നു സർവത്തെ സർവത്തെ കാരണം അവിടെയാണ് ഈ ചൈതന്യാ ശരീരം ഉൾപ്പെടെയുള്ള സർവത്തെയാണ് അതിൽ ആരോഗ്യ അപ്പൊ അവിടെ ആരോപത്തിൽ തൃത്വം മുമ്പ് ആരോപത്തിൽ ദിത്തുമ്മ ഉണ്ടായിരുന്നുള്ള സുഷ്ട അങ്ങനെ ഒന്നാ നിത്യവിജ്ഞാനം ഒന്ന് അതിന് ആരോഗ്യം അനുവചനീയമായ ആരോപണം എന്ന് പറയാം നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല ഇതിന് കാരണമായി അതിനെ നിലനിർത്തുന്നു എന്ന് ഇവിടെ വരുമ്പോൾ അങ്ങനെ ഇവിടെ വരുമ്പോൾ അവനായിരുന്നു അഹംബോധത്തിലേക്ക് വരുമ്പോൾ ആ രൂപത്തിൽ തൃത്വം വരും എന്താണ് ഞാൻ രജ്ജു സർപ്പം മൂന്നായി വരും ഞാൻ മരുമരീചുക അതിൽ ജലം മരുഭൂമി ജലം അവിടെ മരീചുക ഇത്തരത്തിൽ തൃത്വരൂപത്തിലുള്ള ആരോഗ്യ അവിടെ അവൻ അജ്ഞനാവുന്നു അവനവിടെ സുഖിയും അവിടെ ഈ ഒരു ഭാവത്തെ നശിപ്പിക്കുന്നതിന് ജ്ഞാനം കൊണ്ട് സാധ്യമാകുമെന്നാണ് പറയുന്നത് കാരണം എന്തുകൊണ്ട് ഇത് കേവലം ആരോപത്തിന്റെ സൃഷ്ടിയാണ് ഈ മായി വന്ന അഹിംസ്ഫുരണത്തിൽ ഇത് തുടങ്ങിയതാണ് ജാഗ്രത ജാഗ്രതയിലാണെന്നോ ഈ ആരോപണം നടക്കുന്നത് സ്വപ്നത്തിലെ ആരോപത്തെ നമുക്ക് അനുവചനീയമെന്നേ പറയാൻ പറ്റും ജാഗ്രത ആരോപം അങ്ങനെയല്ല അത് പ്രത്യക്ഷമാണ് പ്രത്യക്ഷമായി നിൽക്കുന്ന ഈ ആരോപം നമ്മുടെ അനുഭവത്തിൽ തന്നെ അറിയുന്ന സത്യമല്ല എന്തുകൊണ്ടാണ് ഇത് സൂക്ഷ്മമായ അഹംസ്ഫുരണത്തിൽ തുടങ്ങിയതാണ് ഇതിൻ്റെ ആശ്രയം എന്താണ് ഈ കേവലം അഹംസ്ഫുരണമാണ് അഹംസ്ഫുരണത്തിൽ നിന്നത് വളരെ വികസിച്ച് വലുതായതാണ് അത് വ്യാപിച്ച് മനസ്സിലും ഇന്ദ്രിയങ്ങളിലുമെല്ലാം വ്യാപിച്ച് വളരെ വലുതായി ഹം മമതാരു അപ്പോൾ അതിനെ പറയുന്നു ജീവൻ ജീവഭാവം എന്ന് പറയുന്നു അത് കൂടുതൽ സ്ഥൂലമാകുന്നു സ്ഥൂല ശരീരത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നു ഞാൻ ഇതാണോ ഈ പെണ്ഡമാണോ എന്ന് ഈ ശരീരത്തിനോട് താഥമ്യപ്പെട്ടു പറയുന്നു ആരോപിച്ച് പറയുന്നു അപ്പോൾ ഇതിനെ നശിപ്പിക്കണമെങ്കിൽ എന്ത് അവിടെ അഹം സ്ഫരണത്തിൽ എന്താണോ സംഭവിച്ചത് അതിനെൻ്റെ അതാകും അതില്ലാതായാൽ ഈ ആരോപം മുഴുവൻ നിവർത്തിക്കും അതിന് ഉദാഹരണം തന്നെ സുശക്തി വീണ്ടും അവനെന്ത് ചെയ്യുന്നത് തിരിച്ച് അവിടേക്ക് തന്നെ പോകും അവിടേക്ക് പോകുമ്പോൾ അവിടെ ഈ അഹംസ്ഫുരണം അതില്ലാതാവുന്നു എന്നുവെച്ചാൽ മായയുടെ പരിണാമത്തിൽ വരുന്ന താതാത്മ്യം അതില്ലാതാവും ഇല്ലാതാകുമ്പോൾ എല്ലാം നിശ്ചലമാകും അവിടെ ആരോപണശൂന്യമാകുന്നു ഇവിടെ അധ്യാരോപങ്ങൾ അവിടെ നിത്യവിജ്ഞാന സ്വരൂപനായി കേവലനായി സ്ഥിതി ചുരുക്കി അവിടെ സർവവും അനരൂപജനീയമായി സ്ഥിതി ചെയ്യും പക്ഷെ വീണ്ടും അങ്ങനെ സ്ഥിതി ചെയ്യാൻ കഴിയുന്നില്ല എന്തുകൊണ്ടത് മായയുടെ ശക്തിവിശേഷം വീണ്ടും അവൻ ഈ പരിണാമം സംഭവിക്കുന്നു അവിടെ സൂക്ഷ്മമായി അഹംരൂപത്തിൽ ആ മായ പരിണമിക്കുന്നു അവിടെ വീണ്ടും ചൈതന്യം വരുന്നു വീണ്ടും ജാഗ്രത്തിലേക്ക് വരുന്നു വീണ്ടും സ്വപ്നത്തിൽ ഇതുതന്നെ സംഭവിക്കുന്നു സൂക്ഷ്മമായി സംഭവിക്കുന്നതാണ് സ്വപ്നത്തിൽ അവിടെ ഈ സ്ഥൂല ശരീരത്തിലേക്ക് ആരോഗ്യം വരുന്നു സൂക്ഷ്മത്തിൽ തന്നെ നിക്കുന്നു ജാഗ്രതയിൽ സൂക്ഷ്മത്തിൽ നിന്നത് സ്ഥൂലത്തിലേക്ക് വ്യാപിക്കും അവിടെ ജീവഭാവം കൂടുതൽ സ്പഷ്ടമാകും ഇത് ആന്തരികമായി സംഭവിക്കുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇതിന് എന്റെ നാശവും ആന്തരികവുമായി തന്നെ സംഭവിക്കും ഇത് കേവലം ആരൂപം മാത്രമാണ് അതുകൊണ്ടിത് കേവലം ജ്ഞാനം കൊണ്ട് തന്നെ ഇതില്ലാതെയാണ് മറ്റൊന്നിന്റെ ആവശ്യമാണ് ഒന്നുകിൽ അത് സഹജമായി ഇല്ലാതാകും സഹജമായി ഇല്ലാതായാൽ വിശേഷമില്ല വീണ്ടും ഇത് പ്രകടമാകും അതാണ് സുഷുതിയിലും ജാഗ്രതയിലും സംഭവം സുഷുത്തിയിൽ സഹജമായി ഇതില്ലാതാകുന്നു പക്ഷേ ജാഗ്രതത്തിൽ സഹജമായി പ്രകടമാകുന്നു അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നും സുഷുപ്തനായിരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് മായയുടെ സ്വഭാവമാണ് അത് പരിണമിച്ചുകൊണ്ടേ ആ പരിണാമത്തിൽ അതിനൊരു വിശ്രമമാവശമാണ് എന്തിനാ വീണ്ടും പരിണമിക്കുന്നതിന് വേണ്ടിയാണ് ആ വിശ്രമം അതാണ് സുഷുതി വീണ്ടും അത് പരിണമിക്കുക അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് അതാണ് സ്വഭാവം അത് മായയുടെ സ്വഭാവമാണ് ഓരോ വസ്തുവിനും ഒരു സ്വഭാവമുണ്ടല്ലോ അങ്ങനെ പ്രകാശ സ്വഭാവമായിരിക്കുന്നത് അമ്മായിക്കതുപോലെ സ്വഭാവമാണ് പ്രണാമ അത് സ്ഥൂലമായും സൂക്ഷ്മമായും കാരണമായും പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ അനിശ്ചിതം തുടർന്നുകൊണ്ടേയിരിക്കും അവിടെ ഇവിടെ പറയുന്ന ശാസ്ത്രോപദേശത്തിൻ്റെ ബോധോപദേശത്തിൻ്റെ ആവശ്യം എന്താണോ അത് ഈ ജീവഭാവത്തിൽ വന്ന ഈ താതാമ്യത്തെ ഇല്ലാതാക്കുന്ന അവിടെ അഹം എന്നതിനോട് താതാന്യപ്പെട്ടു ജീവഭാവം വന്നു അവിടെ ഇവര് ബോധിപ്പിക്കണെന്താണോ ഈ അഹംബോധത്തോട് താതാന്യപ്പെട്ട് ജീവഭാവത്തിൽ നിൽക്കുന്ന ബോധമല്ല നീ ഇപ്പം ജീവ ഭാവത്തിൽ നിൽക്കുന്ന ബോധമാണ് ഇതല്ല മറിച്ച് ഇതിനെല്ലാം നിരാകരിക്കുന്ന നിത്യവിജ്ഞാനമാണോ എന്ന് ബോധിപ്പിക്കുന്നു ആ ബോധം ഈ പരിണാമത്തെ തടയുന്നു ആ ബോധത്തിന് ആ തടയാൻ പറ്റും എങ്ങനെ ആ പരിണാമത്തെ ഇല്ലാതാക്കുന്നു ആ ബോധസൂക്ഷ്മമായി ജീവന് സഹജമായി അഹന്തയോട് വരുന്ന ആ താതാത്മ്യത്തെ ഇല്ലാതാക്കുന്നു ഈ അഹന്തയോട് വരുന്ന ഈ താതാത്മ്യവും ഞാനരൂപമാണ് അതുകൊണ്ടാണ് എന്നെ ഇല്ലാതാക്കാൻ കഴിയുന്നത് വസ്തുവല്ല ജ്ഞാനരൂപത്തിലാണ് സംഭവിക്കുന്നത് പക്ഷെ ആ ജ്ഞാനം ഇങ്ങനെ അജ്ഞാനം കലർന്ന ജ്ഞാനം അതുകൊണ്ടുതന്നെ അജ്ഞാനം അതിനെ ഇല്ലാതാക്കുന്നു ഈ ഗുരു ഉപദേശ ശ്രുതിയുടെ ഉപദേശ ആ ജ്ഞാനം ഈ ഭ്രാന്തമായ ജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു അതിനാണ് ഉദാഹരണം പറയുന്നത് ബാഹ്യമായി സർപ്പത്തെ കണ്ടു ഒരാൾ ബോധിപ്പിച്ചു ഇത് സർപ്പമല്ല ബോധം ചെയ്യുന്നു ഒരു ബോധത്തെ വേറൊരു ബോധം നശിപ്പിക്കുന്നു ഈ ഭ്രാന്തിയെ ഭ്രാന്തി ബോധരൂപത്തിലാണ് അനുഭവമാണത് ഞാൻ എന്നുള്ള ഒരു അനുഭവമാണ് ഈ അനുഭവത്തെ അത് അതിസൂക്ഷ്മമായാണ് തുടങ്ങിയതെങ്കിലും അത് അനുഭവരൂപമാണ് ചൈതന്യം എന്ന് അനുഭവമാണ് ഞാനെന്നുള്ള അനുഭവം എൻ്റെ മനസ്സെന്നുള്ള അനുഭവം എൻ്റെ ഇന്ദ്രിയങ്ങളെന്നുള്ള അനുഭവം എൻ്റെ ശരീരമെന്നുള്ള അനുഭവം ഞാൻ കാണുന്ന പ്രപഞ്ചമെന്നുള്ള അനുഭവം ഇതെല്ലാം അനുഭവത്തെ ആശ്രയിച്ചേക്കുകയാണ് പക്ഷേ ഈ അനുഭവം ഭ്രാന്തമായ ആരോപിതമായ അനുഭവമാണ് ഈ അനുഭവത്തെ നശിപ്പിക്കുന്ന അനുഭവം അതെന്താണോ ആ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നതാണ് വാസ്തവെന്നതാണോ എന്ന് ബോധിപ്പിക്കുമ്പോൾ ആ ബോധം കൊണ്ട് ഈ അനുഭവം നശിച്ചു പോകുന്നു അതുകൊണ്ട് ആ ജീവഭാവത്തിൽ ആ ജീവഭാവം കേവലം വിജ്ഞാനാഭാസമായതുകൊണ്ട് യഥാർത്ഥ വിജ്ഞാനത്തിന് ആ ആഭാസത്തെ നശിപ്പിക്കാൻ കഴിയും എങ്ങനെയാണോ ഇരുട്ടിനെ വെളിച്ചം നശിപ്പിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് ലോകയിലത്യാരോപിത ആത്മ ആത്മാവിവേകം എങ്ങനെ സംഭവിക്കുന്നു സ്വരൂപവിവേകം എങ്ങനെ സംഭവിക്കുന്നു സുഹൃത്തിയിലേക്ക് ജാഗ്രതയിലേക്ക് വരുമ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു അതാണ് നമ്മൾ വിശദീകരിച്ചത് തപോഹാർത്ഥം അതിനെ ഇല്ലാതാക്കുന്ന ഭ്രാന്തമായ ഈ ജ്ഞാനത്തെ യഥാർത്ഥ ജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കുന്നതിന് ബോധോപദേശം ബോധോപദേശമാണ് ബോധാത്മനഹ ജീവാത്മാവന് ബുദ്ധിയോടുകൂടിയിരിക്കുന്നവന് അവനുള്ള ബോധാത്മാ ജീവാത്മാവ് അവന് ബോധോപദേശം ആവശ്യമാണ് അവൻ അജ്ഞാനിയായിരിക്കുന്നത് പോലെ തന്നെ അവന് ജ്ഞാനിയായിരിക്കാനും കഴിയും തത്രച്ചു സമഞ്ജസോ അവിടെ ബോധവുമുണ്ട് അബോധവുമുണ്ട് രണ്ടും ന്യായം തന്നെ യുക്തം തന്നെ നിത്യവിജ്ഞാനത്തിൽ കേവല ബോധം മാത്രം അവിടെ ഇവിടുത്തെ അബോധമില്ല ഈ വിപരീത ജ്ഞാനമില്ല ഇവിടെ അങ്ങനെയാണല്ലോ രണ്ടുമുണ്ടല്ലോ ബോധവുമുണ്ടും അബോധമുണ്ട് എന്തുകൊണ്ടാണ് ഈ അഹന്തയ്ക്ക് ഈ രണ്ട് തലത്തിൽ സ്പർശിച്ചിരിക്കുകയാണ് ഒന്ന് യുടെ പരിണാമമായിരിക്കുന്ന അഹം വൃത്തിയെ മറ്റൊന്ന് തന്നിലേക്ക് ചൈതന്യം പകർന്ന നിത്യവിജ്ഞാനത്തെ രണ്ടിനെയും മധ്യത്തിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടിനും മധ്യത്തിലായിരിക്കുകയാണ് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇതിന് ചൈതന്യത്തിൻ്റെ സ്വഭാവം എന്താണ് തനിക്കാധാരമായിരിക്കുന്ന നിത്യവിജ്ഞാനത്തിൽ നിന്നിട്ട് ചൈതന്യസ്വ പക്ഷേ എങ്ങനെയാണ് തന്റെ നിലനിൽപ്പ് എന്തിനെ ആശ്രയിച്ചിട്ടാണ് ആ മായയുടെ സൂക്ഷ്മപരിണാമമായ അഹംബൃത്യെ ആശ്രയിച്ചിട്ടാണ് അതെന്താണ് അബോധാത്മകമാണ് മായാപരിണാമമാണ് അജ്ഞാനപരിണാമമാണ് ആന്തരികമായി ഇത് ബോധ അബോധരൂപത്തിലാണ് താൻ സ്ഥിതി ചെയ്യുന്നത് ഈ ജ്ഞാനം എന്നുള്ള ഭാവം സ്ഥിതി അത് രണ്ടുകൊണ്ടും പ്രയോജനമൊന്നുമില്ല അതിൽ ബോധമെന്താണ് അത് ഭ്രാന്തമാണ് അതിൻ്റെ അബോധമെന്താണ് അത് ആഭരണരൂപത്തിലുള്ളതാണ് പരമാർത്ഥത്തെ മറയ്ക്കുന്നതാണ് അതിൻ്റെ ബോധമങ്ങനെ നാനാത്വത്തെ കാണിച്ചു തരുന്നതാണ് രണ്ടുകൊണ്ടും വിശേഷം അവിടുത്തെ ബോധവും അബോധവും നശിക്കും ലഹന്തയെ ആശ്രയിച്ചിരിക്കുന്ന ബോധഅബോധങ്ങൾ നശിക്കുന്നതിന് വേണ്ടി പുറമേ ഒരു വെളിച്ചത്തെ അതാണ് തത്ത്വസീ വിളക്കിൻ്റെ ചുവട്ടിലുള്ള നീഴല് ആ വിളക്കിൻ്റെ പ്രകാശം കൊണ്ട് നശിക്കത്തില്ല ആ നശിക്കണമെങ്കിൽ വേറൊരു വിളക്ക് അതിൻ്റെ അടുത്ത് പിടിക്കും എന്നാലും വിളക്കിൻ്റെ ചുവട്ടിലുള്ള നീളിൽ നശിക്കത്തു അതുപോലെയാണിത് ഇതെന്താണോ ആ നിത്യവിജ്ഞാനത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അഹംസ്ഫുരണം ഏറ്റവും ചേർന്നിരിക്കുന്നത് എങ്ങനെ നമ്മുടെ അനുഭവത്തിൽ സുഷുതിയിൽ നിന്ന് വരുന്ന ആദ്യത്തെ അനുഭവം സുഷുതിയിൽ നിന്ന് ഉണരുക എന്ന് പറഞ്ഞാൽ എന്താണോ അഹം സ്ഫുരണം ഉണ്ടാകുക എന്നാണ് അതാണ് പ്രാഥമികമായ അനുവാദം അതിനോട് ചേർന്നിരിക്കുക ആ പരമാത്മ വസ്തുവിനോട് ചേർന്നിരിക്കുന്നു പക്ഷേ അതേസമയം അത് അതിസൂക്ഷ്മമായി ആ വിദ്യയോടും ചേർന്ന് ഇരിക്കുന്നു രണ്ടിൻ്റെയും മധ്യത്തിൽ രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിക്കും അതുകൊണ്ടാണ് ഗ്രന്ഥി ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ കെട്ട് കെട്ടെവിടെ വേണ്ടി വരുന്നത് രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ കൂട്ടിക്കെട്ടുന്നത് രണ്ടിനെയ കൂട്ടിക്കെട്ടുന്നു ആ വിദ്യേയും നിത്യവിജ്ഞാനത്തെയും അങ്ങനെ ആ കൂട്ടിക്കെട്ടിയിരിക്കുന്ന ആണ് പറയുന്നത് ഗ്രന്ഥി ഭിത്യദേ ഹൃദയ ഗ്രന്ഥി ആ ഗ്രന്ഥി ഭേദന സംഭവിക്കാന്ന് പറഞ്ഞാൽ ഈ കെട്ട് അറ്റോ രണ്ടെണ്ണത്തിനെ കൂട്ടിക്കെട്ടിട്ട് അപ്പോൾ അത് കെട്ടായി ഗ്രന്ഥി ഭേദനം എന്ന് വെച്ചാൽ അ കെട്ടിനെ അറുത്തുകളായി അപ്പോൾ ഈ അവിദ്യയെയും ഈ നിത്യവിജ്ഞാനത്തെയും ബന്ധിപ്പിക്കുന്ന കെട്ടായി അഹന്ത അതിസൂക്ഷ്മമായി അതിനെ അറുത്തുകളായി അതിനെ നശിപ്പിക്കുക അതിനെ നശിപ്പിക്കാൻ ഈ വിജ്ഞാനത്തിന് മാത്രമേ പരമാർത്ഥ വിജ്ഞാനത്തിന് മാത്രമേ സാധ്യമാകൂ ജീവനാണ് തത്വമസി എന്ന് പറയുന്ന ഉപദേശം അത് അതിനെ നശിപ്പിക്കുന്നു ഇത്രയും ദുർബലമായിരിക്കുന്നു പരമാർത്ഥമല്ലാതിരിക്കുന്ന ഈ ജീവന് ഭ്രാന്തമായിരിക്കുന്ന ഈ ജീവനെ ആശ്രയിച്ചു വരുന്ന വിജ്ഞാനത്തിന് എങ്ങനെയതിനെ നശിപ്പിക്കാൻ പറ്റും ജീവൻ തന്നെ ഭ്രാന്തമാണ് ആ ജീവനുണ്ടാകുന്ന വിജ്ഞാനം എങ്ങനെ അതിനെ കാരണം ഇത് വ്യത്യസ്ത സ്വഭാവമാണല്ലോ എന്നാ വിജ്ഞാനം ഈ സംസാരത്തെ അഹന്ത ഉൾപ്പെടെയുള്ള സംസാരത്തെ നശിപ്പിക്കാൻ ഇതിനെ ആശ്രയിച്ചു വരുന്ന വിജ്ഞാനത്തിന് എങ്ങനെ ശക്തി ഉണ്ടാവും എന്തായാലും ഈ ഭ്രാന്തിൻ്റെ ഈ ഭ്രമത്തിന്റെ ഭാഗമായിരിക്കാൻ പാടില്ല വിജ്ഞാനം ആ വിജ്ഞാനത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും ഒരു വിലക്ഷണം അങ്ങനെയുള്ള ആ വിജ്ഞാനം ഇതിനെ ആശ്രയിച്ചാണല്ലോ എന്തായാലും വരുന്നത് അതെങ്ങനെ ഇതിനെ നശിപ്പിക്കുവാനുള്ള ശക്തി എങ്ങനെ അതിനുണ്ടാവും ഒരു കാര്യം ഉറപ്പാണ് ആ നിത്യവിജ്ഞാനം ഇതിനെ നശിപ്പിക്കുന്നത് എന്തുകൊണ്ട് ആ നിത്യവിജ്ഞാനത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നത് ആ സുഷുപ്തി നിത്യവിജ്ഞാനം മാത്രമായി അവിടെ ഒരു ശല്യം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് അഹം സ്ഫുരണം വന്നു ശരീരബോധം വന്നു പ്രപഞ്ചബോധം വന്നു എല്ലാ അധ്യാരൂപങ്ങളും വന്നു അവിടെ നിന്നാണ് ഈ ഭ്രാന്തി വന്നത് സുഹൃത്തിയിൽ അവിടെ ഭ്രാന്തി ഉണ്ടായിരുന്നില്ല അവിടെ ഒരു ഭ്രാന്തി ഉണ്ടായിരുന്നെങ്കിൽ അനുഭവം വന്നു പ്രപഞ്ചാനുഭവം വന്നിട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ അനുവചനീയമായി പക്ഷെ ജാഗ്രത ഒന്നും ഭ്രാന്തിമോ അത് ഇതിനെ ആശ്രയിച്ചാണെന്ന് പറയുന്നു ഈ ഭ്രാന്തിയിൽ നിന്നുകൊണ്ടാണ് ഇനി ജ്ഞാനം ഉണ്ടാകുന്നത് ആ ജ്ഞാനം എങ്ങനെ ഇതിനെ നശിപ്പിക്കും നശിപ്പിക്കാം കാരണം ഇന്ധനവും അഗ്നിയും രണ്ടും വ്യത്യസ്ത സ്വഭാവമാണ് ഇന്ധനവും അഗ്നിയും തമ്മിൽ ഇന്ധനം എന്താണ് അത് തമോരൂപമാണ് തമോമയമാണ് അഗ്നി അങ്ങനെ പ്രകാശ രൂപമാണ് പക്ഷെ അഗ്നി എന്ത് ചെയ്യുന്നു അതിൽ നിന്ന് തന്നെ പ്രകടമാകും തമോരൂപമായ ഇന്ധനത്തിൽ നിന്ന് അഗ്നി പ്രകടമാകുന്നു എങ്ങനെ പ്രകടമാകുന്നു എങ്ങനെയോ പ്രകടമാകുന്നു അതിന് പല കാരണങ്ങളും ഉണ്ടായേക്കാം പല കാരണങ്ങളും നമ്മൾ കണ്ടെത്താം ആ കാരണങ്ങൾ കുറച്ചു കാലം ശരിയായിരിക്കും അതുമായിരിക്കും മറ്റെന്തെങ്കിലും കാരണങ്ങൾ അതെങ്ങനെയുണ്ടായി എങ്ങനെയുണ്ടായി ആ ചോദ്യം അവസാനമില്ലാതെ ഉത്തരം കണ്ടെത്താൻ പറ്റത്തില്ല പക്ഷേ ആ ഇന്ധനത്തിൽ നിന്നും അഗ്നി പ്രകടമാകും തമൂഹരൂപത്തിലുള്ള ഇന്ധനത്തിൽ നിന്നും പ്രകാശ രൂപത്തിലുള്ള അഗ്നി പ്രകടമാകും എന്നിട്ടെന്ത് ചെയ്യുന്നു അത് മതി ആ ഇന്ധനത്തെ നശിപ്പിക്കുക അതിൽ നിന്ന് പ്രകടമായതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ വയ്യാന്നില്ല അതെന്ന് പ്രകടമായാലും അതതിനെ നശിപ്പിക്കും അതുപോലെ ഈ ഗ്രന്ഥിയിൽ നിന്ന് ചിജട ഗ്രന്ഥിയെ ആശ്രയിച്ചാണ് ഈ ജ്ഞാനം ഉണ്ടാവുന്നത് ഉണ്ടായാൽ ഞാൻ ആഗ്നി എന്ത് ചെയ്യുന്നു സർവത്തിയും നശിപ്പിക്കുന്നു അതതിൻ്റെ സ്വഭാവമാണ് ജ്ഞാനത്തിൻ്റെ സ്വഭാവമാണ് എന്തിനെയാണോ അത് ആശ്രയിക്കുന്നത് അതിനെ അതില്ല എന്താ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഉത്പത്തിക്ക് ജ്ഞാനം അതിൻ്റെ ഉത്പത്തിക്ക് ഇതിനെല്ലാം ആശ്രയിക്കും ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്തിനെ ആശ്രയിച്ചാണ് അത് ഉത്പന്നമായത് അതിനെ നശിപ്പിക്കുക എന്നുള്ള അതിൻ്റെ സ്വഭാവമാണ് അങ്ങനെ എന്തു ചെയ്യുന്നു ജ്ഞാനം ഈ ഗ്രന്ഥിയെ നശിപ്പിക്കുന്നു ഈ ചിച്ചിച്ചട ബന്ധനത്തിന് അവസാനം ഉണ്ടാകുന്നു അപ്പോൾ അതെല്ലാം എവിടെ സംഭവിക്കുന്നു നിത്യവിജ്ഞാനത്തിലല്ല ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ജീവഭാവത്തിലാണോ അതുകൊണ്ട് ഈ ജീവഭാവത്തിൽ ബോധാബോധം ഇത് രണ്ടുവിടെ സംഭവിക്കാം ഇതുവരെയുള്ള അബോധം ആ ബോധം എന്താണ് ഞാൻ എൻ്റെ സ്വരൂപത്തെ അറിയുന്നില്ല ഗുരുപദേശിച്ചിട്ട് അറിയുന്നില്ല ശ്രുതി ഉപദേശിച്ചിട്ട് അറിയുന്നില്ല എന്നുള്ള ആ ഞാൻ അച്ഛനാണ് മറിച്ച് ഞാനെന്താണ് ഞാൻ ഇന്നാരാണ് ഞാൻ സന്യാസിയാണ് യോഗിയാണ് ത്യാഗിയാണ് ഇങ്ങനെയൊക്കെ എന്നെ അറിയുന്നുണ്ട് ഈ ഇതെല്ലാം ആണ് ബോധം അവിടെ ബോധം വരുന്നത് എന്താണ് തത്ത്വസി ബോധം എന്തു ചെയ്യുന്നു അതി സൂക്ഷ്മമായ അഹന്തയെ ദഹിപ്പിക്കുന്നു അഹന്തയെ ദഹിപ്പിച്ചാൽ പിന്നീട് എന്താണോ പഴയ തൂവൽ ഇപ്പൊ ചിത്തും ചെടവും തമ്മിലുള്ള അത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ താതാത്മ്യമില്ല പിന്നെ ഇതിൽ ബന്ധമില്ല ബന്ധമില്ലാതെ നിൽക്കും അതെന്ത് കേവലം ഒരു ആരൂപമായി നിൽക്കുന്നു കേവലം ഇത് പ്രതീതമായി നിൽക്കുന്നു അതാണ് അസംഘസ്ത്രേണ അവിടെയാണ് അസംഗത വരുന്നത് സ്വസ്വരൂപത്തിന്റെ സ്ഥിതി അതാണ് അസംഗത അവിടെ ഈ പ്രപഞ്ചം കേവലം ഭാനം മാത്രം സത്യ ുദ്ധിയില്ലാത്ത കേവലം ധനം മാത്രമായി നിൽക്കുന്നു അതങ്ങനെ സംഭവിക്കാം അതുകൊണ്ടിവിടെ ബോധാബോധങ്ങൾ ന്യായം തന്നെ യുക്തം തന്നെ ഇവിടെ അബോധം നിലനിൽക്കാമെങ്കിൽ ഇവിടെ ബോധവും വരാം ഇരുട്ടെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ വെളിച്ചവും എന്നാണ് പറയുന്നത് അന്യനിമിത്ത കയ്യ ഔഷ്ണിയും അഗ്നി നിമിത്ത് രാത്രിഹനീവ ആദിത്യനി ലോക നിഷ്നി ആദിത്യോ അന്യത്ര ഭാവാഭാവയോ അനിത്യ ഉപചര്യത്തെ മുമ്പ് പറഞ്ഞ വിശദീകരിച്ച കാര്യങ്ങളെ തന്നെയാണ് ഇവിടെ പറയുന്നത് അന്യനിമിത്തത്വതക ഇവ ഉഷ്ണം ജലം അതിൻ്റെ സ്വഭാവശീലമാണ് ഈ മായയുടെ സ്വഭാവം എന്താണത് അന്ധകാരമാണ് അന്ധകാരമയമാണ് പ്രകാശങ്ങൾ ജലത്തിന്റെ സ്വഭാവം എന്താണ് അത് ശീതമാണ് പക്ഷെ അഗ്നി അതിനേക്ക് വ്യാപിക്കുമ്പോൾ അതും ഉഷ്ണമയമായി തീരും അത് ഉഷ്ണമയമായി തീരുന്നോട്ടെ പക്ഷെ സ്പർശിക്കുന്നവൻ അവന്റെ അനുഭവം എന്താണ് അഗ്നി ചൂടുള്ള ജലം ചൂടുള്ളതാണോ അഗ്നി ചൂടുള്ളതാണെന്നുള്ളതിൽ തർത്ഥമില്ല പക്ഷെ ശീതമായ ജലം ചൂടുള്ളതാണ് ജലമാണ് വാസ്തവത്തിലവിടെ ചൂടായത് അതായത് ചൂടിനെ തനിക്ക് തന്നെ അഗ്നി തന്നെയാണ് ആ ജലത്തിൽ വ്യാപിച്ചിരിക്കുന്ന അഗ്നിയുടെ സൂക്ഷ്മമായ കണങ്ങളാണ് തനിക്ക് ചൂടിനെ തന്നെ ജലമല്ല ജലം ശീലം എന്തുകൊണ്ട് അതിൽ നിന്നും ആ അഗ്നിയുടെ സൂക്ഷ്മ കണങ്ങളെ മാറ്റുക ജലം അതിൻ്റെ സ്വഭാവത്തെ തന്നെ കാണിക്കും ഇത് അനുഭവത്തിനും യുക്തിക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് അഗ്നി ഗണങ്ങളെക്കൊണ്ട് ജലം ഉഷ്ണമുള്ളതാകുന്നു ആ അഗ്നി ഗണങ്ങൾ മാറിയാൽ ജലം ശീതം തന്നെ ഇത് പരമാർത്ഥമാണ് സത്യമാണ് പക്ഷേ അനുഭവം അങ്ങനെയല്ല ജലത്തിൽ കേട്ടിട്ട് പറയും ജലം ഉഷ്ണമുള്ളതാണോ എന്ന് പറയും എന്ന് പറയും ഇതാണ് ഭ്രമം എന്ന് പറയുന്നത് സത്യം മനസ്സിലാക്കിയാലും അനുഭവത്തെ മാറ്റാൻ പറ്റുന്നു ജലം ഉഷ്ണമെന്ന് തന്നെ വീണ്ടും അനുഭവപ്പെടുന്നു എന്റെ ശാസ്ത്രം എന്തോ ആയിക്കൊള്ളട്ടെ എന്റെ യുക്തി എന്തോ ആയിക്കൊള്ളട്ടെ അനുഭവത്തിൽ ജലമാണ് കൈ പൊള്ളിയത് ജലം കൊണ്ടാണ് കൈ പൊള്ളിയതെന്ന് തോന്നുന്നു ആ ഒരു അംശത്തിലാണ് ജലത്തിൽ ഉഷ്ണമില്ലെന്നല്ലേ പറയും ഉഷ്ണം ജലത്തിന്റേതല്ലെന്നാണ് പറയുന്നത് ആണ് വ്യത്യാസം ഇതാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇവിടെ ആ ബോധസ്ഫുരണം അത് അഹത്തിൻ്റെതല്ല അഹം എന്നുള്ളത് കേവലം ആ വിദ്യയുടെ അതിസൂക്ഷ്മമായ പ്രണാമം മാത്രം അതാണ് അഹം അഹം എന്ന് പറയുന്നത് എന്താണ് ബോധത്തിനൊരു രൂപം വന്നത് ഇത് പുസ്തകമാണ് അത് ബോധത്തിനൊരു രൂപം വന്നാണ് ഒരു ആകാരം അതുപോലെ മറ്റൊരാകാരം വന്നാണെന്ത് അഹം ഞാൻ ഈ ആകാരം ഇതെന്താണ് ഇതാ വിദ്യയുടെ പരിണാമം മാത്രമാണ് അപ്പം ആ ആകാരത്തിൽ നിന്ന് അഹം എന്ന് പറയുന്ന ആകാരത്തിൽ നിന്ന് ആ അതിനെ മാറ്റുക ശേഷിക്കുന്നതാണ് ബോർ അതിനെ നമുക്ക് മാറ്റാൻ കഴിയുന്നത് ഇത് പുസ്തകം എന്നുള്ള ഈ അനുഭവ ആകാരത്തിൽ നിന്ന് ആകാരത്തെ മാറ്റുക ശേഷിക്കുന്നതാണ് സ്വയം പ്രകാശിക്കുന്നവർ പക്ഷെ അതിൽ നിന്ന് നമുക്കതിനെ മാറ്റാൻ കഴിയുന്നില്ല ജ്ഞാനം എന്ത് ചെയ്യുന്നു ഈ അഹത്തിടെ ഈ ആകാരത്തെ നശിപ്പിക്കുന്നു ദയിപ്പിച്ചിടുന്നു പിന്നെ ശേഷിക്കുന്നെന്താണ് ആ നിത്യവിജ്ഞാനം മാത്രം അവിടെ കൂടിക്കല്ലറും അത് അവസാനിക്കുന്നു ഏതുപോലെ ജലത്തിൽ നിന്ന് അഗിനിയം മാറ്റുന്നു മാറ്റിയാൽ ശേഷിക്കുന്നത് വിവരമായ ജലം മാത്രം അവിടെ പിന്നെ ഉഷ്ണം അനുഭവപ്പെടുന്നില്ല മുൻപും അനുഭവപ്പെട്ടിരുന്നു അതുപോലെ അതാണ് അഹം നശിക്കുന്നു എന്ന് പറയുന്നത് അഹത്തിൻ്റെ നാശം എന്നിൻ്റെ അഹന്തയില്ല ഞാൻ വിനയമുള്ളവനാണ് ഭക്തി ഉള്ളവനാണ് പറഞ്ഞുകൊണ്ട് അഹത്തിൻ്റെ നാശം സംഭവിക്കപ്പെടില്ല അതെങ്ങനെ സംഭവിച്ചിരിക്കുന്നു ഉണ്ടായിരിക്കുന്ന എങ്ങനെ അതിസൂക്ഷ്മമായ ആ മയാപരിണാമം അഹം എന്നുള്ള ഈ ആകാരത്തെ ഉണ്ടാക്കി അത് ഈ അതിനോട് ഈ ചിത്തിന്റെ താതാത്മ്യം കൊണ്ട് സംഭവിച്ചാണ് അങ്ങനെ സംഭവിച്ചിരിക്കുമ്പോൾ അതിന് കാരണമായിരിക്കുന്ന മൂല എന്താണ് ആ മായാപരിണാമമാണ് അതില്ലാതാകണമെങ്കിൽ എന്ത് വേണം ആ മായ തന്നെ ഇവിടെ ഇല്ലാതാവും അജ്ഞാനം തന്നെ നശിപ്പിക്കും എന്നാലേ ആ പരിണാമം ഇല്ലാതാവും ഒരു ചെടിയുടെ വളർച്ചയെ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം അതിന്റെ വേദന നശിപ്പിക്കും അതുപോലെ മായയുടെ പരിണാമത്തെ തടയുക അത് സാധ്യമാണ് മായ തടഞ്ഞാലേ സാധ്യമാ അജ്ഞാനത്തെ ഇല്ലാതാക്കിയാലേ അവിവേകരൂപത്തിലുള്ള തമോരൂപത്തിലുള്ള ആജ്ഞാനത്തെ ജ്ഞാനം കൊണ്ടല്ലാതെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും അത് നശിക്കാതെ എങ്ങനെ അഹന്ത ഇല്ലാതാകും അല്ലാതെ നമ്മൾ അഹന്തയെ നശിക്കാൻ വേണ്ടി വിനയം അഭ്യസിച്ചുകൊണ്ട് കാര്യമുണ്ട് ഒരു കാര്യം അതിന് കൃത്രിമമായ അഹന്താനാശം മാത്രമാണ് അഹന്താനാശം ജ്ഞാനം കൊണ്ട് മാത്രമേ സാധ്യമാകൂ അജ്ഞാനം ജ്ഞാനം കൊണ്ട് നശിച്ചാൽ മാത്രമേ സാധ്യമാകൂ ജലത്തിൽ നിന്നും ജലം നമ്മൾ കയ്യെ പൊള്ളിക്കാതിരിക്കണമെങ്കിൽ ജലത്തിൽ നിന്നും ആ അഗ്നി കണങ്ങൾ ഇല്ലാതായി തന്നെ അതിന്റെ മൂല കാരണം അവിടെ നിന്ന് അപ്രത്യക്ഷമാവും അതേവിടെ അതിനാണ് ഈ ഉദാഹരണം പറയുക ഉദക ഇവ ഔഷ്ണിയം അഗ്നി നിമിത്തം അതുപോലെ മറ്റുദാഹരണം പറയണേ രാത്രി അനിവ ആദിത്യനിമിത്തേ ആദിത്യൻ നിമിത്തമായി ഇവിടെ ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നു ആദിത്യൻ നിമിത്തമായിട്ടാണ് അത് രണ്ട് സംഭവിക്കുന്നത് ആ രണ്ട് സംഭവിക്കുന്നതിൽ ആദിത്യനൊരു പങ്കുണ്ട് എന്നുവെച്ചാൽ ആദിത്യൻ്റെ പങ്കുണ്ട് ആ പ്രകാശം തടയപ്പെട്ടാൽ അതാണ് ആദിത്യ പങ്കു ായി അപ്രകാശത്ത് തടഞ്ഞില്ലെങ്കിൽ അത് വെളിച്ചമായി അപ്പം ഇതിൽ രണ്ടിനും ആദ്യത്തെ ആദ്യത്തിനും ഒരു പങ്കുണ്ടല്ലോ അതുപോലെ ഇവിടുത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ഈ അന്ധകാരത്തിനും ഇവിടത്തെ ഈ വെളിച്ചത്തിനും അതായത് ഈ അജ്ഞാനത്തിനും ഈ തത്വമസി എന്ന് പറയുന്ന ജ്ഞാനത്തിനും വിജ്ഞാനാദിത്യനൊരു പങ്കുണ്ട് ആ വിജ്ഞാനാദിത്യൻ ഇതിനോട് താതാത്മ്യപ്പെട്ടതുകൊണ്ടാണല്ലോ വ്യാജ്ഞാനം ഉണ്ടായത് ആ വിജ്ഞാനാദിത്യൻ തന്നെ ഇതിനെ നശിപ്പിക്കുന്നതാണല്ലോ ഇതിൻ്റെ അവസാനം വിജ്ഞാന സൂര്യനാണിതിനെ നശിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഉദാഹരണവും പറഞ്ഞു എന്താണ് രാത്രി അഹരിവ ആദിത്യത്തെ ലോകേ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജ്ഞാനം അജ്ഞാനം അതിൻ്റെ നില ജ്ഞാനം എങ്ങനെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അതിൻ്റെ എങ്ങനെ ആന്തരികമായി സംഭവിക്കുന്നു ആ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചത് പൂർവേഷംസ്